هو منكر المعقول والمااني ما تنطق ماذا ما تقول ايها المنكر لعالم المعاني عالم المعاني ان جراكن ونشا ني انت تقول في هذه الامثلة التي نزلها الله الله تبارك وتعالى مثالات وامثلة القران المقرون هذين ഈ കിതാബ് ഈ തകരീബൻ ഈ ഫഹമിൻ മഹാനികളെ ഫഹമ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു സാലാം പറഞ്ഞത് അതിൽ നിന്നൊരു അന്ധസാരയിലാണ് എന്നെ വരിക എന്ന് പറഞ്ഞു അപ്പൊ അംസിനു കുറാം കൊണ്ട് ആലമുൻ മഹാനി ആലമുൻ മാണെത്തുന്നതെന്നാണ് ഊപ്പർ പറഞ്ഞു വന്നത് അല്ലെ നോക്കാം താരി പറയുന്നു വാഗല്ല ഈ കാലമിന്നാവിൻ നാളി പറഞ്ഞ ഈ തെളിവുണ്ടല്ല അൻസരത്തിൽ അതുകൊണ്ട് സാധിക്കാമെന്ന് വന്നു അത് പറഞ്ഞത് ലാ യന്ത്ര അല്ല മുൻകിരി മുങ്കിറിന അടക്കിയിട്ട് മാത്രം അത് തെളിവാക്ക് വരൂല എന്തുകൊണ്ട് ഓനവരെ പറഞ്ഞാൽ പറയാ അതുകൊണ്ട് മാക്കൂലുണ്ടാകാൻ സമ്മതിക്കാണ് മാക്കൂലിനെപ്പറ്റി ഇവർക്കായിരിക്കും സുരാക്കൂലല്ലോ മുങ്കിറൂലല്ല മറാത്തു രാവിലെ വറാത്തൊന്നിനൊരു രണ്ട് നാട്ടുകൊണ്ട് മറുപടി പറഞ്ഞാൽ നോക്കിയാ അത് മറ്റോക്ക് തെളിവായി മതിയാവില്ല എന്ന് നോക്കി സോഫിയാക്കൾ ഇസ്ബാത്ത് ചെയ്യുന്ന മാനിയുണ്ടല്ലോ അതിനെയാണ് ആ ഇൻകാറാക്കിയിട്ടുള്ളത് മാറ്റോ ഇൻകാറാക്കിയ സോഫിയത്ത് ഇൻഗാറാക്കിയ ആൻ ഇസ്ബാത്ത് ചെയ്ത മഹാനിയാകുന്ന കാര്യങ്ങളെയാണ് ആ ഇറത്തുന്ന ഈ മുങ്കിയത് ഈ മുങ്കന്റെ മുമ്പേ ബെച്ചുകൊടുത്തേതെന്ന് ഒക്കരാൻ്റെ വലിയ തരത്തിലല്ല ഒക്കരാജിന്റെ ബുദ്ധി കൊണ്ട് സോഫിയത്തിന്റെ കലാവിനെ അല്ലാത്ത കഴിയൂലല്ലേ അപ്പൊ ആ ബസ് അയാൾക്ക് തന്നെ വിട്ടുള്ളൂ അപ്പൊ താഴെ വെടിയിലേക്കുള്ള മറുപടിന്ന് പറയും നാട്ടിലാണ് ഇല്ല അന്നേരം മഴക്കൂലേക്ക് എത്തുള്ളൂ മറ്റോർക്ക് വേണ്ട അന്മാർ സിഫാസ് അസാറത്തുവാൻ ആരിക്കുമുണ്ട് സോഫിയത്തിന്റെ കൊണ്ട് അത് ഒക്കരാനത്തേക്ക് എത്താനും കഴിയില്ല ഖഹാൻ പറഞ്ഞത് നംസാൻ അതിരി ബഹാൻ ഇന്നാസി ലാൻ ഒക്കദിനും വേണ്ടി നിസാൽ ആക്കിയിരിക്കുന്നു എന്ന് അർബാബുൽ ബസാദിന് എന്ത് വേണ്ട നിസാലും ഒന്നും വേണ്ട ഇസ്ബാനും വേണ്ട തിൽക്കൽ നംസാറിന്റെ അതിരി ഗുഹെന്ന് പറഞ്ഞ നെറുബിൻ മിസാൽ അല്ലാരുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അക്കിരുവിൻ ഒക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അക്കൽ ബസ് അഹരികാർക്ക് ഇസ്ബാത്ത് ചെയ്യുന്ന ഒന്നും ഇസ്ബാത്താക്കാൻ എഴുതി പറ്റൂല അതിന്റെ താഴ്ന്ന പടിയിലല്ല റസലായന കൊടുക്കേണ്ട മറുപടി മറുപടി ആവൂല എന്നതിന് പറയും വേറെ നോക്കണം സിഫാത്തിന്റെ മഹാനികളും ദാത്തിന്റെ അസുറാറുകളുമാണ് ഇവിടെ ഓർക്കൊണ്ടിരുന്നത് എങ്ങനെയുള്ള മഹാനിയും അസറാറുമാണ് അല്ലത്തി ലോകത്തിലുള്ള മുഴുവൻ ലശിയാക്കണം അതുകൊണ്ട് നിലനിന്നിട്ടുണ്ട് പണ്ടോ ജില്ലേ ഇതെല്ലാം അവാനികളാണ് അതിന്റെ മഹാനിയുണ്ട് അവാനിയിൽ മഹാനിയില്ലാത്ത അവാനി അകത്തായി പോകുന്നല്ലോ പറഞ്ഞത് ആ മഹാനി കണ്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഓണിച്ച് എന്താന്ന് ലാജമായി വെക്കുന്നത് മഹാനി കും إذن نعيقاما وإلا فقد لنا نوري لم تنعطا من بعضكم وطبابتا ولكن في المعنى معانيكم هو معنا ولولا معانيكم حساب الله عجاء ورئينا لن يرى معاني الله رنّو منجل لكن معاني طاراها كلوبنا لأمارك المرء إذراكي جئي هذا المرء يقولون بصائر برئي إذراكي سيقول لما معاني دوضة الله رنّو منجل ألا جوابه يبرج لم أوشنهاها تطبير إذن مع الإدراكيallimizi回去نا في الإقدام يقالنا في المرة وإلاً إعتراك وهو من إ posit Andrew عيش تächeونه جاء الله من ذلك ium لم أوشنها لجرافة لغاية معانى لجرافة هل هو معانى إلا إنه من قبل قطعcies ما يظهرون ماomanى في�� إظاهرون الله نوعكم محبوب Umm ും വാസഭാപത്തെ നിങ്ങൾ അകന്നുപോയല്ലോ നിങ്ങളോട് അമ്പത്ത് ചോക്കാട് ഞങ്ങൾ മരിച്ചു പോകുന്നു അതുകൊണ്ട് ഞങ്ങൾ മരിക്കുന്ന തൊട്ട് പകരാക്കുന്നു നിങ്ങളെ വന്നിട്ടില്ലെങ്കിലൊക്കെ അത്തും ഫോണും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം സമാധാനാണെന്ന് ഗുരന്മാർ പറഞ്ഞാൽ മതി ചെയ്യും നിങ്ങളുടെ ബ്രിരുന്നില്ല നിങ്ങൾ അടുപ്പറത്താക്ക അത്തും ഫോണില്ലായിരുന്നെങ്കിൽ ഞമ്മ അതുകൊണ്ട് അതും പിരിയം തന്നെ മലാക്കിന്റെ ഫിൽമാന മാനിക്ക് മാനാ യഥാർത്ഥത്തെ ചിന്തിക്കുമ്പോ നിങ്ങൾ ആ മാനിയുണ്ടല്ലോ നമ്മൾ സ്ഥലം കൊണ്ട് മാനി അത് മാനൻ കഴിഞ്ഞാന്ന് ഇത്ര മോശമല്ല പക്ഷെ ദാത്തി തൊട്ടെന്താക്കും ആ നിക്കുന്നു സുഹൂനുണ്ട് ഇവിടെ തർക്കത്തിൽ ഒപ്പിച്ചു അപ്പൊ പറലോകത്തിലുള്ള നിക്കാന്റെ നേരമില്ലാന്ന് ഈ ലോകത്തിലെ സുഹൃദ് ഇതാന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആലവൻ മായി لا. لا هذه المعاني التي نرب الله له اللهم صل الله تعالى هذه المعاني اللي ممكن انت تعرفها انا نرب الله تعالى هذه المعاني اللي وفي تثبات نظمته جار يجيدون هذين الاثنين مهما الماضي يوين فايما هي عبور النقليه نرب المطار يقول بتن اكل يا يمرغلا يذيك هل الاكلون اذا بيان يجيم اكل ارم الله مدركانه ذا بطيره تعنا وديت يوكروها هذا اقراركم اهل الله لا اله الا الله و اقراركم لا ينكرها عهد و الا اقرارتمه ما غير الذي نعم عندنا في البرنامج வெச்சிறலாம் வேற ayatgalu ada vechira indana ayatul tathadu bi lahidiha alami al ma'ali lahidu kondu thanne കാലം മുൻ മഹാനിലേക്ക് ഇഷാറത്താക്കുന്ന ചില ആയാത്രകൾ നമ്മുടെ നെയ്വിലുണ്ട് അത് ഞാൻ ഞാളെ പറഞ്ഞത് ആ നൂറിനെ കണ്ടെത്തിയിട്ടില്ലേ ഒരു നെഹനൂണ്ടല്ലായിട്ടുള്ളില്ലേ ആ ചിലപ്പോ നെഹൂവിനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഹവാനെ കണ്ടെത്തണം മുകല്ലർന്നിവിലോ ഭൂമി ധനൂവിലാക്കിയിട്ടുണ്ട് കൊത്താനും ചവിട്ടാനും ഓടാനും ചാടാനും വണ്ടി ഓടിക്കാനും കന്ന് കൂട്ടാനൊന്നും ഭൂമി പ്രതികരിക്കില്ല ധനൂവിലാക്കിങ്ങനെ വാങ്ങി നോക്കിയാണ് ചെയ്ത കൊതുകടിക്കുമ്പോ നമ്മള് പ്രതികരിക്കുമ്പോഴേ ഭൂമിയിൽ കൊത്തു കിട്ടുമ്പോൾ ഭൂമിയൊക്കെ പ്രതികരിക്കാൻ തുടങ്ങിയാല് മിനാന്ന് രണ്ട് ദകര വെറുതാവുന്നവള് ശരി കൊതുകടിക്കുമ്പോന്തൊക്കെ നമ്മൾ പ്രതികരിക്കുന്നില്ല ഇതേമാതിരി ഭൂമിയിലേക്ക് ഒരു കൊത്തു കിട്ടുമ്പോഴേക്ക് പ്രതികരിക്കാൻ തുടങ്ങി ഭൂമി ധനൂരായിട്ടില്ല നോക്കാം എന്തായിരിക്കും ആര് അപ്പൊ ധനൂരാക്കി മാറ്റിയ ധാര അപ്പൊ ഭൂമിന്റെ ധനൂരാകന്റെ കാണുന്നുണ്ട് മധുരൂന്റെഹു നമ്മളാഴ്ച കാണുന്നുണ്ട് നമ്മക്കാണ് ധനൂർ ആഴ്ച കാണുന്നത് ഇങ്ങനെ ആഴ്ച അവിടുത്തെ നിശ്ചയിക്കാൻ കഴിയൂ അപ്പൊ ഇത് കൂടി എന്താക്കണം ഉവാനെ കാണാം അല്ലെ ഹുബനാണ് ധനൂലാക്കാന്നുള്ള പണിയാണ് ജാല എന്നുള്ള ഫേലാന്ന് ഫേലിൽ കൂടി അത് കാത്ത് കണ്ടതില്ലേ ഇപ്പത്തല്ല ആതാറിൽ കൂടി നേരെ ഫേലേക്ക് കടന്നു ഭൂമി ഭൂമിന്റെ ധരൂലായ അവസ്ഥ ഈ ആത്താറ് അഹബാലിൽ നിന്ന് ആത്താറും അതിന്റെ അഹബാരം കൂട്ടി അതിന്റെ ആത്താറ് അറബ് അറബ് ധനൂലായി കിടക്കുക എന്നുള്ളതാണ് അതിന്റെ അഹബാല് ആതാറിന്റെ അഹബാലിൽ കൂടി നേരെ കടന്നിട്ട ജാലാം ഓനാക്കി ആ ജാലാകുന്ന അല്ല തിവേരൊക്കെ കേടുക്കാരെ ഞാൻ പറഞ്ഞപ്പോ ഇവിടെ ഹുവയിലു മറ്റോ അവര് മെസ്സോ അത്തേക്ക് തന്നെയാ പോണ്ടീന്നും പറഞ്ഞു വയ്യ മെസ്സേൽ പോണ്ട അത്തേക്ക് തന്നെയാണ് അത് ഹയിലേക്ക് തന്നെന്താ ിയാൽവാരൊക്ക കാണുന്നുണ്ട് ഇത്തപ്പനും കാണുന്നുണ്ട് വെള്ളവും കാണുന്നുണ്ട് നനിക്കുന്നേയും കാണുന്നുണ്ട് കായ് പിടിച്ചിട്ടും കാണുന്നുണ്ട് തുന്നേം ചെയ്ത് പാങ്ങുകൊടുക്കുമ്പോ അത്തേം കഴിക്കുമ്പോ തുന്നിയും ചെയ്ത് കാരൊക്കെ തുപ്പിയും ചെയ്ത് എന്തിട്ടും ആ നെഹുവിനെ കണ്ടിട്ടില്ല എന്താ പറയുക അത്തോ ജി ആ ജയലന്റെ ജായനാൻ നനുന്നുണ്ടല്ലോ ആ നെഹരോടെ കാരൊക്കെ തുന്നിട്ടില്ല ഇപ്പോ അല്ലെ കാണോ അതാണ് ഒന്നൂല്ല അസമ്മതീ എന്ന് പറഞ്ഞ പൊതുച്ച് ഭാഗമാകുമ്പോ അത് ഞമ്മളെ നോക്കിയിട്ടുണ്ട് ഞമ്മളെ നോക്കിയിട്ട് അല്ലേ പറഞ്ഞേ ഒന്നുറു സമ്മതം നോക്കണം പറഞ്ഞാല് നോക്കുന്നു ജീവിതത്തിൽ വിട്ട തീ പിടിച്ചീ കണ്ണിന്ന് കന്ന് ആശ്രമത്തിൽ കത്തിയേ ഇതൊക്കെ പറഞ്ഞു ഇതിന് പുറത്തേക്ക് ഇതിന്റെ ഇതിപത്തെന്താ ഈ രീതിയിൽ ആരാക്കി ആ ന്യായൂന അതുപോലെ ഇന്നല്ല രീതിയ്യത്തിൽ നബീ സലി തങ്ങളെ പറഞ്ഞു അള്ളാഹുന്ന് ബയ്യത്തിന് മൂന്നിടത്തേക്ക നേരെ അള്ളാഹുലിയാൻ കൊല്ലുന്നുറവ് മാതാപിത്തമാവാത്തിൽ അറുന്ന ആകാശഭൂമി നോക്കുമെന്നല്ലോ ആകാശഭൂമിയിൽ ഉള്ളതെന്താണോ കണ്ടുപിടിക്കുവെന്നല്ലോ പറഞ്ഞത് പണ്ട് എനിക്കും പിന്നും പറഞ്ഞല്ലോ ആകാശഭൂമി നോക്കാനോ ഏൽപ്പിച്ചെങ്കിൽ അജുറാമിങ്ങനെ നോക്കി കാണാ വരിക അതല്ല അജിറാമ പാത്രങ്ങളാണ് പാത്രത്തിനുള്ളിൽ എന്താ നോക്കുന്നതാണോ ആ പാത്രത്തിൽ എന്താ നോക്കാനാ അറിയുന്ന അവാനിയാകൻ ആകാശഭൂമിന്റെ ഉള്ളിലെന്തുണ്ട് ആ മധുറൂ നിഗൂഢമായ അവസ്ഥയിലേക്ക് തവഹീദിന്റെ ആഴത്തിലേക്ക് നമ്മളെ വലിച്ചു കയറ്റുന്ന അതുപോലെ തസരീ സൗഹൃദിനാക്കാണെ വലുതാണല്ലോ തസരീർ തസരീരിന്റെ അസുറാറിലേക്കും നമ്മളെ പിടിച്ചു കയറ്റിക്കൊണ്ടുപോകുന്ന ആയാത്തുകൾ വല്ലം ജബിലൊക്കെ വൃത്തന്റെ പണമു ഇതിലെത്തിക്കുന്നില്ലേ എന്ന ശുനുഹു അവന്റെ വേണ്ടെന്ന് അതസ്ലീം അങ്ങനെ നിണ്ട് സമ്മതിച്ചേക്ക അങ്ങനെ സമ്മതിക്കാൻ തയ്യാറല്ലെങ്കിൽ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരും എനിക്ക് തീരുന്നില്ലെങ്കില് അതിനെതിരഭിപ്രായം വരണ്ട അവിടെ സമ്മതിച്ചാടാ ഇപ്പൊ പണ്ട് മൊഴിമാരുടെ പട്ടേ ഓരോ കാര്യങ്ങൾക്ക് നമ്മക്ക് ഒരുപാട് സുഖാത്ത നമ്മൾ തസ്ലീമ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഓതി വന്നപ്പോ വലേദിന മാന്യങ്ങളുടെ ഹല്ലായി വന്നില്ല ഓരോന്നിന്റെ വലേതിൻ്റെ കെട്ടിയിരുന്നു يوليك مرجعي شطحات اللي باقر اللي بوكاً لهم اللي بميني مزوك لك تنيني لله ويصبحوا عن الانجار وضناء لبديهم من السم من السم البكم الذين لا يأكلوا ناقل الله دا كانوا تماروا شبوروا يكاثوروا ناروا تمارايا آه، سم بكم أي تماريبون لا نار والحاسل أن عالم المعاني لا يدرك إلا بصحب الشاهد المعاني അരബുൽ മഹാനി എന്നത് കിട്ടണോ എന്നാൽ അഹിരുമഹാനിയാകുന്ന കുറെ ആളുണ്ട് ഓരോക്കെ സ്വഹബത്ത് കിട്ടി ഇത് കിട്ടാന്നല്ലാണ്ട് ഒരു കാരണം തരം കിട്ടൂല അക്കരുകൊണ്ട് കിട്ടൂലെന്ന് പറഞ്ഞു മറ്റോർ എന്ത് ചെയ്യും ബസ്സുകൾ തന്നെ തുറപ്പിക്കും ബസ്സുകൾ തുറപ്പിച്ചാൽ ബസ്സിനെത്തോണ്ട് ഇതരാക്കു വരും അപ്പൊ താഴെ ഒന്നും പണ്ടു പോകും ഒന്നിനും പ്രാവശ്യമില്ല വലാജാറത്ത് അബാറത്ത് കൊണ്ട് പറഞ്ഞു തരാൻ പറ്റിയ കാര്യമല്ല അതുകൊണ്ട് നമ്മളിന്ന് ഇതാ ഇതിലച്ചാറാണ് നല്ല പുളിയും സുവാദും നല്ല രസവും ഉണ്ട് നിബാഹ തെറ്റാട്ട അച്ചാർ നിങ്ങൾ ഉണ്ടാക്കിയ നിങ്ങളുടെ നിബാഹ പുളി അതിന്റെ സുവാദും നല്ല ടേസ്റ്റും അച്ചാറിട്ടാ ഞങ്ങൾക്കേ നിബാഹത്തിൽ ആ കഴിയില്ല അത് നിങ്ങെന്താ പണിയും ആ നാട്ടിൽ എന്ന് പറഞ്ഞ മാതിരി ചെറുപ്പത്തിന് അതിന്റെ ഒരു അനുകാറ കൂടെ കൂടിയിട്ടിയും കൽബിനൊരുക്കിച്ച് വരാൻ ബസു ആ ബസ് ഇടത് തുറക്കപ്പെടുന്ന അവസരത്തിൽ അന്ന് ചിരിഞ്ഞോളൂ അല്ലെന്തറാ ബിരി അപ്പത്തി നമുക്ക് നോക്കണ്ടേ നമുക്ക് തന്നെ ഉണ്ടായിക്കളിയാം വേറെ ഒന്നില്ലേ വലാജിൽ നിബാറത്തെ നിബാറത്ത് കൊണ്ട് പറഞ്ഞു കൂട്ടാവുന്ന സംഗതിയല്ല വൈദ്യമായി ഉറുമ്പം ഇഷാറത്ത് കൊണ്ട് റംസുണ്ടാക്കി പറഞ്ഞു തരാം പക്ഷേ ഇഷാറു തിരിയണേയും വരുമ്പോട്ടേ ആരോ ഇറക്കു കൂടണല്ലോ ഇവർ പറഞ്ഞു ഇഷാറത്തെങ്ങോട്ടാ തിരണേന്നെങ്കിൽ ഈശാറത്തു ഒരു വെള്ളം ചൂടി ആദ്യം ഒക്കെ തിരിണമെങ്കിൽ ആദ്യം ഞാൻ ആദ്യം അയച്ചിട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് ഇങ്ങനെ നീ എന്നെ വെള്ള നോക്കുന്നില്ലെങ്കിൽ എഴുതിയല്ല വരുതാ ആദ്യം എങ്ങോട്ടെ വെള്ളുപോ നോക്കണം അത് ഇശാറത്താക്കുമ്പോ ഇവർ ഇഷാരത്തെ എല്ലാം പറഞ്ഞിട്ട് വളർക്കും അഭ്യത്വമാണ് എന്നാലും ഇഷാറത്തിന്റെ കാര്യം കിട്ടും പമല്ലം ജമിന്റെ തിരിയാത്തവനാണോ ഈ വിശ്വത്തിൽ മോനിക്ക് യാതൊരു അവകാശം കിട്ടാൻ പോനില്ല മടങ്ങിപ്പോയിക്കൂടാം ൻ അനിൽ നിഷാറത്തിൻാറത്തിൻ അനിൽ നിഷാറത്തി ഇഷാരത്തിനത്തോട്ട് നിനക്ക് വേർഡ് കാണുന്നുണ്ട് അ എനിക്ക് പറഞ്ഞാൽ തിരിവിലാണ് മനസ്സിലാവുന്നത് അമുഖെന്നോട് പറയുന്നു ഇസാരത്തിനത്തോട്ട് നിന കാണുന്നുണ്ട് എന്നാ പോട്ട് ഹാൽ തൂങ്കിയിലുള്ള വിവാഹത്തിന്റെ ഇബാരത്തിന്റെ വിവാഹത്തിൽ ഇങ്ങാറാക്കാൻ പോകുമോ എന്ന് ചോദിക്കുന്നു അത് ഇശാറത്തിന്റെ മുഖാബിലെ ഇബാറത്ത് നിൽക്കുന്നു ഇഷാരത്ത് ഇബാറത്ത് ഏതാവുന്നത് ഇഷാരത്താവുന്ന ഇഷാരത്തെ അഫ ഇഷാരത്തിന തൊട്ട് എനിക്ക് പോയത് കാണുന്നുണ്ട് എന്നാൽ ഞാൻ എന്താക്ക ഇബാറത്ത് പറഞ്ഞാൽ നിൽക്കാം അതിങ്കാറാക്കുവോ قلت يقول رمي الله وهو اني هذا منتقي ارافق وردن ان فرمل اشاره ففكيف تفهم المعاني معني تنتج اللغه البيان وانا لا تعدا الا بالاشاره اشاره கொண்டேൂട്ടാൻ കേ ഉള്ളൂ ഇബാറത്തോണ്ട് കൊട്ട പറഞ്ഞാ അത് പറയാൻ കേഞ്ഞില്ല വൈذا بعت فهم الاشاره اشാരത്തിന്റെ പാണ്ഡിതന്റെ വൈദായൽ ി തരാങ്ങനെ മഹാനി മഹാനിയാൽ നീൻ കാറാക്കുന്ന എന്താണോ അത് ചെയ്തുകൊണ്ടുള്ള ഇബാറത്ത് ഞാൻ കൊണ്ടുതരാം അൽ തൊങ്കുറിബാറ്റൽ നിബാറത്തി എന്നാ ഇബാറത്തിന്റെ ജിബാറ്റ നീങ്കാറാക്കുമോ ഒരു പടി മുപ്പത് ആകോട്ട് ഇറങ്ങിയിട്ടാ ചോദിക്കുന്നു ി ആയാൽത്തിൽ മഹാനികളും അറിയിക്കുന്ന ആയാളെ പറ്റി നീ എന്തു പറയും അപ്പോൾ ആയാത്തിനതീതികൾ മുബ്ര മുമ്പിലുണ്ട് എന്നാണ് പക്ഷെ മുമ്പ്രൈത്തി പറഞ്ഞിട്ടില്ല അപ്പോൾ ഏതാ ആയാത്തും അറിയത്ത് പറയുന്നു യുഷീറും ഞാൻ ഉദ്ധരിച്ച ആയാത്തുകളുണ്ടല്ലോ മൂപ്പറുദ്ധരിക്കുന്ന ആയാത്തുകളെ മദ്യാവിലെ ആക്കി പകരം മൂപ്പർ കൊണ്ടുണ്ടല്ലോ ആ ആയാത്തുകളായിരിക്കണം മൂപ്പറുണ്ടാക്കുന്നത് ഞാൻ ആയാത്താ ചോദിച്ചരാമെന്ന് പറയുന്നത് അറിയിച്ചുള്ളൂ നിങ്ങൾ അള്ളാ വലുസമാവാത്തി ഇതാ അതുപോലെ ഇന്നലെ ഒന്നുറോ മാതാപിതമാവാത്തി അതുപോലെ തൻ വൻ ഹദീസ് അൽ കുഞ്ഞിഹീസിൽ കുമാരിക്കണം വിശാലത്ത് അതിചാരിഹനത്തില്ല അൽ ഹദീസ് എന്റെ അബിതെ ഞാൻ രോഗിയായി നീ എന്നെ കാണാൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഹദീസിന്റെ മുമ്പിനും മുഖത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അവിടെ സുമു താലുണ്ടത് രോഗി നടുക്കൽ വെച്ചിട്ട് ها ريكوانا لي، ها، الله هنا ادراتي جئينا بوينجي. إن فالبولتك مباردلو، الله أعلم. ثم ضبخه ملا هكوفه ما أكله، إني أكلنا بردن من النهي عذي لأبرم، ألا أكلت يذن يانا برماوذي، ينبارنيا تنكنا الدولو. أما قلنا بردن أكلنا برمصيرا تنبارنيونا. ക്കിന്റെ അപ്പുറൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണോ എന്നാ നമ്മുക്കുറിച്ച് പറയാനുണ്ട് എന്നോണ്ട് ചെറിയ പൈതൃ മക്കളായ ആളുകളോട് ഓർക്കും ഹിസ് ചെയ്യാത്ത മാത്രമേ ഉള്ളൂ ഹിസ്ആാതിന്റെ ഇതറാക്കിന്റെ ഹരികാരമായ മുമ്പിന് വലിയ വൊക്കലാൽ സംസാരിച്ചാൽ ഈ കുട്ടികൾക്ക് തിരിയാത്തതുപോലെയാണ് ഏതെന്താ അറബാബു ലോലിന്റെ മുമ്പിൽ അറബാബുൽ വസിയാത്തായ ആളുകൾ സംസാരിച്ചത് ഓർക്കൊന്നും ബുദ്ധിമുട്ടില്ല എന്തീ പറയുന്നു അപ്പൊ അത്ര കൊണ്ട് മാത്രല്ല ഇസ്രാഫീനെ ലേഖനം തോർമെന്ന് മനസ്സിലാക്കുന്ന രീതി എല്ലാ മനുഷ്യ എങ്ങത്തെ ജാഹിദി ആ അക്കത്തൽക്കമാലി കമാലിന്റെ അക്കത്തെ ഏ ജാഹിലായിട്ടുണ്ട് കമാലി നീ കണ്ടല്ല അതിന്റെ അപ്പുറം ഉണ്ട് കമാലി വേറെയും കിടക്കുന്നുണ്ട് എന്ന് ജാഹിരായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ജാഹിരായി ചില അക്കലുകൾ തടഞ്ഞു നിന്നു പോയതാണ് അക്കലകൾ അമ്മ തടഞ്ഞു നിന്നുപോയി അക്കന്റെ അപ്പുറം എങ്ങനെ ബഹുമുഹ ഈ അക്കലിന്റെ ബഹു പറ്റല്ല അക്കലുകൊണ്ട് ചില ബഹുമുഖി പാകപ്പെടുവിച്ചത് ആരം കടിയുമാന്ന് കിട്ടി ചിലർക്ക് ആരം എന്നെന്തുകൊണ്ടാ പഠിച്ചൊത്തം പോകണ്ട കണിയും എന്തായിപ്പോ കിട്ടിയാലോണ്ടാ വെഹ്മിപ്പറ്റിട്ട് പോയല്ല എത്ര ഒക്കലാദിണ്ടി ജിജി അണ്ട് ആ അക്കലമ്മ നിന്നുകൊണ്ട് വക്കപ്പൻ അല്ല വെക്കൂരിൽ ചില അക്കലുകൾ നീന്താക്കി തമ്പിച്ച് നിന്ന് എങ്ങനത്തെ അക്കല് വഹുമുഹാലായ അക്കലിനു പറ്റുന്ന വഹുമാണെങ്കിലോ അത് ഹഫിയല്ല വളരെ പ്രവ والقوم بني ادم الضعيفه المحسوره لا تدريكم من توحيد المعرفه الا تقارص انت الى تعالى اذا تموا هذه اسئله بالنسبه வந்து ആരാധിച്ചോ ആയതമാフィルบาง बटे ইনের ও خالিকندو ও خالিক আর এgene endo nnu budhu kutulla mathe amarjilla maniche ande buddhi mahasurata anu varayala eevuva perimidhiy സൗഹൈദിൽ നിന്നും ആലിഫത്തിൽ നിന്നും അത് കിട്ടൂല ഏറിപ്പം എന്ത് കിട്ടും ഒരു തുന്നത്തോടുണ്ട് ഒരു പടക്കപ്പെട്ട സാധനണ്ട് ഇതിന് സാനി ഉണ്ട് എന്നാൽ കിട്ടും ആ സാനി എങ്ങനെ തോന്നി ഓൻ സിപത്ത് എന്താ അവനിക്കെന്തുണ്ട് എന്തില്ല എങ്ങനെ വിശ്വസിക്കണം അവനുമായി ബന്ധപ്പെടാൻ കഴിയോ ബന്ധപ്പെടുകയാണെങ്കിൽ എങ്ങനെ അവനക്ക് ഇഷ്ടപ്പെട്ട സംഗതി എന്ത് ഇഷ്ടപ്പെടാത്ത സംഗതി എന്ത് ഇഷ്ടപ്പെട്ട സംഗതി ചെയ്താൽ അവന്റെ ഒന്നൊരു വിർത്തം കൂട്ടൂരാ അവിടെന്തോണം ലാ ഇല ഇല്ലന്നാൾ മുഹമ്മദ് റസൂൽ ദേശീയ വാസ്യത്തെ കൊണ്ട് എന്നെ പഠിക്കണം അവിടെയാണ് മുഹമ്മദ് റസ്ഹാന്റെ വാസ്യത്തിൽ കൂടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മറുപടിയിട്ടുള്ളൂ അച്ഛന് തരം തീരുലോ അതുകൊണ്ട് ലാ ഇലന്നാൾ പഠിക്കണം എങ്ങനെ പഠിക്കണം മുഹമ്മദ് റസോൾ വാസ്യത്തെ കൂടി പഠിക്കണമെന്നാണ് അപ്പൊ ലാഹി ലാഹ അല്ല അള്ളാഹു അറിയാനുള്ള തജീഫാണ് മുഹമ്മദ് ഹസുല അതുകൊണ്ട് അതറിയാത്ത കാലത്തോളം ഇതിലേക്കുള്ള ഇതിന് അന്നുകൂടാ ഏക മത്സ്യമാറ്റി കൊണ്ടുപോയാൽ ശരിയാവില്ല അപ്പൊ അള്ളാഹു അറിയണം ഏത് അഹ്ത്തിൽ കൂടി അറിയണം ലാഹിലാഹ ഇല്ലാഹു എന്ന അഹിറ്റത്തിൽ കൂടി അറിയണം അള്ളാഹു മോജൂദെന്ന് അറിഞ്ഞാൽ പോയാ നഫീസ് ബാത്ത് ഉണ്ടല്ലോ അവിടെ ലാഹിലാഹഇല്ലാഹിന്റെ മാനന്താണ് നഫീസ് ബാത്ത് നസി എന്താന്ന് അള്ളാഹു അല്ലാത്ത കൈഡൻ ഉലൂഹിത്തുണ്ടാകാൻ പാടില്ല എന്നും അള്ളാഹു താരാക്ക് ഉണ്ടെന്നും പറയണം ആളുകൾക്ക് ഉണ്ട് എന്നുള്ള കത്തറത്തിന് എന്താക്കണം ഇല്ലാഹു ചെയ്യണം ഒരുപാട് ഇലാഹുകളില്ലാക്ക് നസി ചെയ്യണം ഒന്ന് ഇല്ല എന്ന നാസ്തികനക്ക് ഒന്നുണ്ട് സുഹൂത്താക്കിയും പോണം കാത്തി ഇത് മറക്കാനും അപ്പൊ അള്ളാവിനെ പറ്റി അറിയണം ഏത് ഹൈറ്റത്തിൽ കൂടി അറിയണം ഏത് തെരീക്കിൽ കൂടി അറിയണം വിവാഹിത്വത്തിൽ മുഹമ്മദ് റസാഹി അറിയണം അല്ല ബുദ്ധി കൊണ്ട് ആലോചിച്ചു എനിക്ക് ബുദ്ധിക്ക് കിട്ടിയത് അവിടെ നമ്മുടെ ചോദ്യത്തിന് മറുപടി ആവില്ല അതുകൊണ്ടാണ് യമുനു നബിള്ള ഹൈബിൻ ആദ്യ തന്നെ മുത്തച് യമുനു നബിള്ള ഹൈബിൻ ഹൈബോർഡ് വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ റൈബണ് വിശ്വസിക്കാൻ കഴിക്കുമോ കൈബുണ് വിശ്വസിക്കണേ കൈബൻ ആദ്യം അറിയണ്ടേ എന്താണ് എന്തെല്ലാ തസ്തികാക്കാൻ എന്താണ് ഈജാബി എന്താണ് സെൽഫി അറിഞ്ഞിട്ട് വേണ്ടേ തസ്തികാക്കാൻ കൈബന് അറിയാത്ത കാലം മാഹിയ തന്നെ മജുപോലായ പിന്നെ അതിന്റെ ഹാരെങ്ങനെ അരുവുമ അപ്പോൾ കൈബലങ്ങനെ നീ വാസ്യത്തിന് മഞ്ഞാലും റൈബ അറിയുന്ന ഒരാളെ വാസ്യത്തേക്ക് കൂടി വിശ്വസിക്കേണ്ടി വരുന്നതാണ് അപ്പൊ യുനീരി എന്തണ്ട് റസൂറുള്ള തെണുലാഹിസന്നെ നിസ്സാരത്തിനെ അംഗീകരിക്കാൻ അതിന് പിന്നാലെ വന്നിട്ടുണ്ട് പരോക്ഷമായിട്ട് വന്നു ആ അതെ നൈബറികളുടെ പിന്നീട് റസൂലായി അപ്പൊ തത്തേക്ക് മുമ്പ് റസൂലില്ലായാണ് യൂണിയൂണിയൻ പിന്നെ പിന്നെ പരോക്ഷമായ അതിനും അപ്പുഹമുണ്ടാകരുത് എനിക്കും സാധിക്കൂല സാധിക്കാത്താലും ഉക്കല്ലെത്തി പൊടൂല ല്ലോ നമ്മൾ തന്നെ യോണ കൈമ്പി അല്ലെങ്കിൽ കൈമ്പറിയൽ നമ്മുടെ അക്കളിനെ തൊട്ടും നമ്മുടെ ഇത്തരത്തിനെ തൊട്ടും വായ്പാണല്ലോ സാധനം നമ്മൾ എങ്ങനെ വിശ്വസിക്കുക ഞങ്ങൾ എന്താണെന്താ വിശ്വസിക്കും അന്ധമായി ശ്വസിക്ക അതാ അത് വായിപ്പാടി ആളുണ്ടാവുക അപ്പൊ മഴ പുറത്തോ തസ്തി അങ്ങനെ വിശ്വസിച്ചോ അല്ല നമ്മുടെ തസ്തി ചെയ്തത് ഞങ്ങളിൽ ചാൻ ഇങ്ങനെയായിരുന്നു അന്ന് നാടന്മാരുടെ ചർച്ച അതിന്റെ ഓരോട് തോന്നുന്നു ഓരോപ്പോ ചാരി തന്നെ പൂക്കി നോക്കണം നമ്മൾ പറയുന്നു അപ്പോൾ സുഹൃത്തുക്ക സാനിഹിലേക്ക് ആവശ്യം കൊണ്ട് എന്തതിൽ കവിഞ്ഞ് വളർന്നു കൂട്ടൂലോ ൂന്ന ആ ചെയ്യും നമ്മുടെ വിശ്വതിര ഈ സാനി എന്റെ സിഫാത്തിന്റെ മേൽ ചെയ്യും എന്നതാ അത് ആകെ കിട്ടുക കള്ളം കളിച്ച പോലീസ് ഒന്ന് എന്തായാലും പരിശോധിക്കുന്നു ആ ചെരിപ്പില്ലാണ്ടി ഒന്ന് സിഫാസ് കിട്ടി ഹാപ്പി ആയിട്ടാ കേറിനിപ്പിന്റെ അടയാളല്ല കാളന്നെയാ വെല്ലു കിട്ടല്ല പിന്നെ ഇത് പാൽ ഉപയോഗിച്ചിട്ടാണെങ്കിൽ പ്ലെയർ ഉപയോഗിച്ചിട്ടാണ് അല്ലെന്നോക്കി അതിൽ നിർത്തുന്ന മതി അത് ആ സാനിന്റെ സിഫാത്തുകൾ എന്താക്കും വിമാ തുറക്കും ആക്കെ ചെയ്യപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് വാസിച്ചായിക്കൊണ്ട് സാനിന്റെ സിഫാത്ത് പറയാനല്ല ഏറെക്കുറെ മനസ്സിലാക്കാന്നില്ലാണ്ട് ഏതുപോലെ കിട്ടാബിൽ മാഗോമായ സിഫത്ത് ഉണ്ടല്ലോ അതിലേക്ക് എത്തുല്ലോ പറഞ്ഞു അതുകൊണ്ടാണ് ഈ ആലമെന്താക്കിയത് ആലമിന്റെ വാസിൽ ഇസുദി ലാലിപ്പൊടി ഈ സിഫാത്ത കിട്ടുന്നു പിന്നെ അതിന്റെ അപ്പുറം എല്ലാം ബാക്കിയുണ്ട് അസ്മലിന്റെ മഹാനികളുണ്ട് അതിന്റെ അസുദാറുകളുണ്ട് അതിന്റെ താലൂക്കാത്ത അതിന്റെ ഏഹ് അൻബാറുകൾ ഉണ്ട് അതിന്റെ തസർ പ്രഫാത്ത് ഉണ്ട് ഇതൊന്നും ആലം ഇസ്റ്റിദാലിപ്പൊടി കുട്ടികളെ പണ്ടേ അമ്മും പണ്ടേ സ്ത്രീ ഓട്ടം പറഞ്ഞു തന്നെയെന്ന് ഡക്കീതെ കിത്താവ് സമഗ്രമായി തീരുന്നില്ല അപ്പൊ തീരുവരന്തേ നമ്മള് ജനിക്കുമ്പം തന്നെ ആപ്പിളയായിരുന്നു മാപ്പിളക്ക് ഉപ്പാക്കുമ്പാ കൊണ്ട് ജനിച്ചിട്ട് ജനിക്കുമ്പോൾ തന്നെ ആപ്പിളയനിയും അയ്മക്ക് ഇത്ര അതില്ല അച്ഛരിയായ ശരിയായ തോഹിക്കുന്ന മുറത്തൊന്നും ആകാത്ത ഉപ്പാതി ഉമ്മാണ്ടിയും വാസത്തിയായിക്കൊണ്ട് ജനിച്ചൊരു മോലാണി എന്താകാം മാതാപിതാക്കന്മാരെ കാവിയായിട്ട് മുസ്ലിം ആയി കണക്കാക്കപ്പെടും അചരി ഇസ്ലാമിന്റെ ഹക്കാ മല നടക്കും ഇജ്മാണെന്ന് ചില അതുകൊണ്ട് ഉപ്പ പഠിച്ച ഇൽമോടും കൂടിയാണ് ഈ മകൻ ജനിക്ക് നടത്തം പറ്റുമോ മകന്റെ പുറം അയിഞ്ഞാക്കപ്പെട്ട ഇൽമും അൻ്റെ വലിയ ഫസീഹെന്ന് ഞാൻ ജനിക്കുമ്പോ ഞാൻ ജനിച്ച അത് ഞാൻ പോ ഗീതാവോ പഠിക്കണം അതുകൊണ്ട് അനുപ്പ അക്കീത പഠിച്ച ആളാന്ന് പറഞ്ഞോണ്ട് മോനക്കീത പഠിക്കൂ അത് ഓരോ പഠിക്കണം പുറമേ ഇരുമിപ്പെട്ടാണ് അക്കീതയും അതുപോലെ തിലെ തന്നെ അനുപ്പ വലിയ നാവി ആണ് അതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചും മറച്ചിട്ട് കുടിക്കാനല്ലോ പറഞ്ഞിരുന്നു അന്ന് ഞാൻ അങ്ങോട്ട് പഠിച്ചടയാപ്പ ജനിച്ച ഇവിടെയാണ് എന്താക്കുന്നത് ഇഫ്രാത്തും തസരിത്തും വന്നത് ജമാഅത്ത് ഇസ്ലാമിന്റെ പോക്കിൽ എന്തുണ്ട് അവപ്പെടുന്നുണ്ട് മാതാപിതാക്കന്മാർക്ക് താപിയായിട്ട് മുസ്ലിം ആവൂലന്നാണ് ഓരോ അസീതാ എന്ന് പറയപ്പെടുന്നു നേരിട്ട് ചോദിച്ചറിഞ്ഞോന്ന ഓർ പറയുന്നത് അങ്ങനെയാന്നാണ് പറയപ്പെടുന്നു അതുകൊണ്ട് ഷാദിന് മെതിരി തന്നെ മുസ്ലിം ആകണമെന്ന് പറയുന്നു അതുണ്ടായി നല്ല അതിരി കവിഞ്ഞു വയ്ക്കുമാൻ്റെ എതിരേപ്പിൽ അങ്ങനെയാണോ അവതമെങ്കിൽ ലാലിച്ചിട്ടു അപ്പൊ മറുപറ്റത്തിൽ ഉണ്ടാക്കി ഇങ്ങോട്ടാകുന്നു അങ്ങനെ മാതാപിതാക്കന്മാർ താപിയായിട്ട് ജനിക്കും എന്ന് പറഞ്ഞോണ്ട് ഇനി എന്നും പഠിക്കണ്ട വണ്ണാകെട്ട് ചുക്കായിട്ട് ജീവിച്ചാൽ മതിയും തോന്നിയതും നോവാ സഹയിത്തുമെന്ന് തെറ്റാടിയും പറ്റി നമ്മൾ അയിമത്തെ പറഞ്ഞത് മാതാപിതാക്കന്മാർ താപിയായിട്ട് ജനിക്കുമെന്ന് പറഞ്ഞോണ്ട് ആനിമാവെന്ന് പറഞ്ഞിട്ടില്ല അഖീല പഠിക്കാണ്ട് അക്കീതന്റെ ആളാവും പറഞ്ഞിട്ടില്ല ഒന്നാ പുറന്നാക്കപ്പെട്ട ഇന്നലല്ല നീ ആ കടന്നു കുടിക്ക അണ്ട് ഇപ്പോ നിക്കുച്ച കാര്യം നിച്ചിരിക്കുന്നു അക്കീതൻ വിമാനങ്ങളായാലും പറഞ്ഞിട്ടില്ല അപ്പൊ ഓർ അങ്ങോട്ട് അന്ന് അങ്ങ് കഫ്രീത്തിലേക്കും പോയി ഇവർ അന്ന് ഇസ്രാത്തിലേക്കും പോയി ഓർ കുറച്ച് കയറി വ കുറച്ച് കയറി വന്ന് അടുക്കം കേട്ടെ അതാ പറഞ്ഞ് സാത്ത മുസ്കം ഇസ്രാത്ത് പറഞ്ഞാൽ കഫ്രീത്തല്ലാത്തിനടുക്കാൻ ബാധയുള്ളത് ജാൻ ലാൻ മ്മത്തും മുത്തട്ടാ അപ്പൊ ഈ അക്കൂട്ടർക്കും തെറ്റുവെച്ച് ഈ കൂട്ടർക്കും തെറ്റുവെച്ചിട്ടുണ്ട് തെറ്റി രണ്ടാണ് നിൽക്കുക ഇതാ നമ്മളതരാം നിങ്ങൾ അമ്മയും ഈ അങ്ങനെ ൂട്ടും തീരെ പഠിപ്പിക്കുന്നില്ല എന്തെല്ലോ അടും മാറും പിന്നെ ബാക്കി ആരെങ്കിലും ഉണ്ടാക്കിയ ലേഖനം പിന്നെ ചില്ലർ ചില്ലറ കാര്യങ്ങൾക്ക് എന്തെല്ലാം ലോകുന്നു എന്തെല്ലാം ലോ ബാധ്യമായ രീതിയിലുള്ളൂ അത്തൽ മണ്ണിർത്തലാന്നോദിറ്റി വെച്ചാൽ അവിടെ നിന്ന് പാസ്പോർട്ടിനെ അപേക്ഷിക്കേണ്ടി എന്ന് പറഞ്ഞാൽ മതി ചെയ്യും വെച്ചാലോടാ പാസ്പോർട്ട് മിസ്സിംഗ് ചോദിക്കണ്ട് തെളിഞ്ഞിരി പറഞ്ഞ കാര്യത്തിന്റെ നിയമ വിന്നുദാനി കുതിർത്തി ഇറാദത്ത് ഇന്ന് ആയാത്ര കലാമിങ്ങനെ ഏ മാനി മാനി ഇടക്ക് ഇരുപത് സിപത്ത് അല്ല മാനവി വേണ്ട പറഞ്ഞ ഹാല് വേണ്ടത് പതിമൂന്ന് സിബത്ത് അതേപോലെ ശരി പതിമൂന്ന് സിപത്താണോ ഇരുപത് സിപത്താണോ പണ്ടാപ്പുണ്ട് അപ്പൊ ഇന്ന് പഠിപ്പിക്കുന്നത് അക്കീദ ഏതാണെന്ന് അശ്വരിയല്ല മാറ്റീല് രണ്ടും കൂടെ മിക്സ് ആക്കിട്ട് പഠിപ്പിക്കുന്നു രണ്ടിൽ നിന്നും മുഴക്കമേതാണോ അത് മാത്രം കൂട്ടിച്ചേർത്തോ ഇന്ന് ഇന്ന് സമഗ്രമായ കിതാബ് ഉള്ളത് തനിച്ച് അശ്വരല്ല തനിച്ച മാത്ര രീതിയല്ല അക്കീദന്റെ വിജയത്തിൽ ഇതാക്കി കൂടുതൽ എഹത്തിയാത്ത് ചുമത്തിയിട്ട് ഇമാമിയങ്ങള് അടുത്ത് എഹത്തിയാത്തല്ല കൂടുതൽ ഏതാണ് അശ്വരയാണെങ്കിൽ അത് മാതൃരീതിയാണെങ്കിൽ അത് അത് മിക്സ് ആക്കിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇന്നത്തെ അക്കീത കിതാബിലുള്ളത് ചെറിയ രീതി ഏതാണ് വെളിയിട്ടാവണ ജോലി തേണ അതാണെങ്കിലോ ഈ ഒക്കൂലോണ്ടാണെങ്കിൽ തകർമാനും ഹസായിനത്തോട്ട് അഞ്ഞില്ലാണ്ടായി അക്കിരി എവിടെ വെളിചെടിച്ചു പോയാ കാര്യം കൂടുമ്പോഴത്തേ ഈ റെയിലിന്റെ ക്രോസിംഗ് മാറുമ്പോഴേന്ന് രണ്ടുപാടം റെയിൽ ഉണ്ടാണോ ചെറിയ നൃത്തങ്ങളാണ് രണ്ടും കൂടി ജോയിൻറ്റാക്കിട്ടില്ല ഒറ്റ റെയിലാക്കി നിർത്തിക്കൊണ്ടൊക്കെ വലേ തിരിച്ചുവിട്ട അപ്പുറത്തെ എടുമയിലേക്ക് പോവുക തീവണ്ടിന്റെ അപ്പുറത്തെ ട്രാക്കിലേക്ക് വെച്ചു പോണം തിരിച്ച് ആ കതിർ കുറച്ച് സ്ഥലത്തിന് തന്നെ വിട്ടിട്ടുണ്ട് ആ വലാത്ത സ്ഥല മുമ്പിനൽ വഹമി വഹമിനെത്തൊട്ട് അക്കൂലകൾ സലാമത്തല്ലത്തൊട്ടും സലാമത്താവൻ ഒരിക്കലും സലാമത്താവില്ല എവിടെ വിറ്റുള്ളൂ മഹസൂസാത്തിനെ തൊട്ടിട്ട് പറ്ററായ്ബായിക്കൊണ്ട് തനിച്ച പനാടിന്റെ വെക്കാമിലേ അവിടെ ഇത് ഉണ്ടാവുള്ളൂ ഹവാത്തിന് തൊട്ട് സമയം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഈ ഹവാത്തിനെ മുഹമ്മിനെ കുത്തിക്കൊണ്ടേ പോവും അപ്പഹ് കാരണം ഒക്കോലുകൾ ഹവാത്തിനെ തൊട്ടും മുഹമ്മിനെ തൊട്ടും എന്ന് പറയാൻ കാരണം ഈ ഒക്കോലുകള് ഈ മഹല്ലിൽ അബുദീനായി പോയിട്ടുള്ള തിരുത്തണം ഈ മഹല്ലിൽ بعد إلى محل لاغنون أقول أبوال بلندين بأقول له وما لها إلا الإيمان من الغيب غيب غلبي يوم من إسوسة كامل الله لإنفر موكية الله وإلاه وماتورة قمنا لله فأنا زيبين ترجمة نانسية പിന്നെ നോക്ക മുക്കപ്പിന്റെ സുഹൂതുണ്ടോ ഇല്ലയോന്ന വിശ്വാസം അല്ലേ വറക്ക് അവനുകാർക്ക് മുക്കപ്പിന്റെ സഹൂതുണ്ടോ ഇല്ലയോ മുക്കപ്പിനുണ്ടോ ഇല്ലയോ ഏഹ് ഇല്ലെങ്കിൽ പിന്നെ ഓൻ നയിച്ചോ ഓൻ നാസ്കനായി മാറിയില്ലേ അവന് കുഫറിലല്ലോ വിടുന്നു നമ്മള് ചർച്ചയാണെങ്കിലോ കുഫുര താവാത്ത പുറത്തവര് ഉറപ്പിക്കില്ലേ അപ്പൊ തന്നെ മുക്കപ്പിന്റെ ചായമ്പത്താട് ഉണ്ട് കായിനകത്തുണ്ട് മുക്കപ്പിനുണ്ട് വറക്ക് സാനിക്കാർക്കുണ്ട് എന്നുണ്ട് മുക്കപ്പിനുണ്ട് തമ്മിലെ മക്കാമറി വറക്കവരുകാരന് അവതാണ് കൗലി അതിന്റെ അപ്പരണ്ട മഹാനികൾ ഓൻ തക്കനീത് കൊണ്ടോ ഏറി പറഞ്ഞ ഇസ്തുരാൽ കൊണ്ടോ ഉള്ള ഈമാനം ബിൽ കൈവല്ലാത്ത ചുവടുണ്ടാവൂല എന്ന വിശ്വാസം പുറത്ത് സാനിക്കാരന് ഈ കായിനാത്തിനെ കണ്ടിരുന്നാലും അതിന്റെ മഹാനി എന്തുണ്ട് അവർക്ക് ചുവടുണ്ട് ആസ്വദിച്ചാലും ആകുന്നു എന്ന അങ്ങനെ പിന്നെ വഴി ഇങ്ങനെ ചോറ് കൊടുക്കുന്നേ സ്ഥലം നോക്കിപ്പാ അപ്പൊ ഇവിടെ നിന്ന് കുറെയാൾ തളപ്പമിലേക്ക് വയ്ക്കാൻ പോന്നിട്ടുണ്ട് ഒരാള് വെച്ചിട്ട് മടങ്ങുകയും ചെയ്തു അങ്ങനെ ആസ്പത്രിക എത്തിയപ്പോ രണ്ടാളും ഇവിടെ കണ്ടുപൂട്ടി നീടെ പോകുന്നോ ഞാൻ തളപ്പിലേക്ക് ചോറ് വെക്കാനാവുന്നു നീ എന്താ ഞാൻ തളപ്പിലും വെച്ചിട്ടാ വരുന്നു അപ്പൊ രണ്ടാളും ഇവിടെ കണ്ടുപൂട്ടി ആസ്പത്രി അവിടെ കണ്ടുപൂട്ടിയപ്പോ രണ്ടാളീ മക്കാമൊണ്ടല്ലേ അവിടെ ബർക്കുണ്ടായി ഈ പോകുന്നവനിക്ക് തളിപ്പറമ്പ് പതിനേകൾ ചോറ് കൊടുക്കുന്നില്ല നെയ്ച്ചോറ് ബെയ്ച്ചിട്ടില്ല ഉണ്ടെന്ന് ഈമാനും ബിന്ദയ്പ് മാത്രമേ ഉള്ളു ബയിക്കാനുള്ള കാര്യമായാണ് തളിപ്പുറം ബാസ്മതിയാണ് കരിച്ച കണ്ടുമുട്ടുന്നത് ചോറ് പോലൂന്നാണ് ആ ഈമാന അല്ലതുകൊണ്ടാവ പോയത് അപ്പൊ പച്ച കൂപ്പറാക്കാൻ പറ്റുകയും ചെയ്യില്ല ഇമാനാട്ടുണ്ടല്ല ഈമാനം ബിന്ദയ്പ് മറ്റോനോ നീമാണോ നിങ്ങൾ ഞാൻ ഈമാനും വിശാദ തെറ്റ് വെച്ചിട്ട് വെച്ചിട്ട് നല്ലോണോ പേരോക്കതാ നിസ്സാരാക്കിട്ട് മറ്റോനിക്കും പറയാം അതാണ് പുറത്ത് താനിക്കാറാല്സ്കാരാക്കലുണ്ട് മക്കാണെ വ്യത്യാസം തന്നെ അതെ വ്യത്യാസം തന്നെ ഒമാല ഇന്ന് റൈ ബിൽ തോന്നുന്നുണ്ട് ഈമാനല്ലാണ്ട് മറ്റോ ആയിരിക്കില്ല ഈ ഒക്കോലുകൾക്കില്ല ഈ അക്കലിമത്തന്നങ്ങളൊന്നും അതിന്റെ അപ്പുറം ഒന്നുമില്ല അക്കല കൊണ്ട് ഇതിരാക്കെ ചെയ്യപ്പെട്ടവൻ കമാൽ അതിന്റെ അപ്പുറം മാപറായിൽ ഒന്നുമില്ല എന്നാണ് വെച്ച് മഹബൂൻ മുറക്കബി മഫ്തൂൻ അവനിക്കാണ് മഹബൂന്റെ പേര് നഷ്ട കച്ചവടം കാതലിട്ടിയില്ല പിന്നെ ജഹിൽ മുറക്കം പോയിട്ട് അസ്തൂനുമായി പോയി ജഹില മുറക്ക പറഞ്ഞല്ലാൻ മനസ്സിലായില്ലേ ഇനി അപ്പുറൊന്നും ഇല്ലാതെ വിചാരിച്ചത് മനുഷ്യനെ നൈഫായിട്ടാണ് വടക്കപ്പെട്ടത് എന്ന് പറഞ്ഞ് ഏത് നോക്ക് അക്കലി യാ ദിവസം പെട്ട് പതിന് യാ ദോഷം പെട്ടിട്ടുണ്ട് അല്ല വഹുവാ ഈഫാണ് എന്ന് പറയുന്നത് ആമുൻ അത് ആമ്മാണു لغفل لك لا أبطة إلا لغفل بطنة أبطة جاندين شاء ملاك ما يضعيك من كل شيء أنهي إلا بأبطة القول لغفل لغفل لغفل أما مطربة لنا آخر الله حرف لنا اللي ورهن لديه هذا يعني ذلك وهم ها لا يخفى لا إذن الفارد رضي الله عنه فسمى وراء أنك لعلم يدق عنه മദാലിക്ക് വായാത്തിൽ റുപോലി സലീമ തീ നക്കലിന്റെ അപ്പുറമുണ്ട് സമ്മൻ ചില എൽമുകളുണ്ട് എങ്ങനത്തെ ഇൽമാണ് യതിക്കോ അത് വളരെയധികം ദക്ഷയ്ക്കാകുന്നു ആ ഇൽമേ കണ്ടെത്താൻ വയ്യടാ എന്തിനൊട്ട് ദക്ഷയിക്കാണ് മദാലിക്ക് വായാത്തിൽ പോലിമത്തി എല്ലാ ബഹുമുളത്തോട്ടും എല്ലാ ഹാത്തകളെ തൊട്ടും രക്ഷപ്പെട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെയുള്ള ബുദ്ധികളുണ്ടല്ലോ ആ അണുക്കൂരിന്റെ മതാലിക്കുള്ള ആയാൽ അത് പരമാവധി എത്തുന്ന പോയിന്റ് അതിന്റെയും അപ്പുറമുള്ള മേഖലകളുണ്ട് ഉരോഗുകൾ പലതും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാനുണ്ടെങ്കിൽ അപ്പുറം ഇരുമില്ലാന്ന് പറഞ്ഞാൽ ശരിയാവില്ല നമുക്കൊരു കുറച്ചല്ല കുറച്ചെല്ലാം പറഞ്ഞാൽ തൽക്കാലം ഉള്ള തവാമയിലേക്ക് എത്തിച്ചു പറയാനറിതല്ല അവര് ബാധിക്കാൻ പറഞ്ഞ നമ്മുക്കും നമുക്കറിയാം കുറച്ചില്ല കൊറച്ചല്ല വായിച്ചു ആ بخلاف ما دركته الروح عب السره روح وسره دراك سيدة دين معتم من المعانين دين معتم من المعانين دون الله و لا و هو خطئ دون الله عبنا من المعاني اللطيفة والأسرار القديمة فإن ذلك عدواكم أذابك ذلانك شرفات معنا وساهدات معنا امم അപ്പൊ ഓക്ക് നോക്കിയിട്ടുണ്ടാക്കിയ മറ്റേ നോക്കിയോട് അതെയും നമ്മളെ മഹസ്വസാത്തിൽപ്പെട്ട ഓരോ ഇതിരിക്കണ്ടല്ലോക്ക് ഭക്ഷണമാത്ത് മറിയാത്ത ഇതിനോട് തശ്മീയാക്കിട്ടുണ്ടാക്കും ആ ഇതാക്കി അങ്ങോട്ട് പറയുന്നു വേഗത്തില്ല നോക്കിയ ആയിട്ട് കിട്ടിയതാന്ന് അല്ലേ മറ്റേന്ന് പറഞ്ഞത് അപ്പം ചോദിക്കൂ അപ്പം നോക്കിയാണെങ്കിൽ നോക്കി തെറ്റുപറ്റിയങ്ങനെ ഏർക്കാം എന്തുകൊണ്ട് ബായി മരവിച്ച് ഒരു മെൻഷന് പനിയുണ്ടോ അല്ലെങ്കിൽ പിടിച്ചിട്ട് പഞ്ചാരമൊന്നും കേട്ടോ എനിക്ക് മധുരമില്ല മൂക്കില്ല റേഷൻ പിടിച്ചാലോ അത്ര ഉണപ്പിച്ചാൽ മടക്കുന്നില്ല അപ്പൊ വ്യത്യാസം കാണുന്നില്ല കണ്ണിനു വിദ്യാസ്യല്ലേ അപ്പൊ മധുക്കാത്തിനോ സുഖം വ്യത്യാസം വരുന്നില്ലേ അതോടെ ഈ ആലാത്തിന് കുഴപ്പമുണ്ടായിരുന്നു ഈ ഹാസത്താഴുന്ന ആലാത്തിന് ലോകമുണ്ടാകുമ്പോ ആ വ്യത്യാസം വരുന്നത് നമ്മളെ സങ്കല്പം തന്നെ എന്താണ് ബസീറത്തിന് അങ്ങനെയുള്ള എന്ന് തീരുലല്ല കുഴപ്പങ്ങൾ വരാറില്ല ബസ് തുറക്കപ്പെട്ടു കുഴപ്പമില്ലെന്നാണ് അതിന് തുടക്കം പതിക്കില്ല എന്നിട്ട് മന്ത് പറഞ്ഞില്ല അഞ്ച് മറത്തവാ അല്ലെങ്കിൽ പച്ച കഴിച്ചിറങ്ങി പൊട്ടിയിട്ടുണ്ടാവും എനിക്ക് ഒരു ചർച്ചാ വിശയല്ല അടഞ്ഞിറക്കുന്നതെങ്കിൽ ചർച്ച ആവശ്യമില്ല പിന്നെ കുറച്ചുനറക്കും നടുത്തരം തർക്കും കുറച്ചും കൂടെ തുറക്കും ഈ തുറന്നതില ആപാത്തുണ്ടാവില്ലെന്ന് ആപാത്തില്ല എടുക്കുമ്പോൾ നാവിന് വെറ്റുന്ന ആലമുൽ ജിസ്മാനിയത്തിന് വന്ന ഈ ദൗക്കിന് രുചി നോക്കുമ്പോ ഉണ്ടാകുന്ന കോപ്പം ഇടവിലുള്ള വസീലത്തിന് ആപത്ത് സംഭവിച്ച കാരണത്താൽ അവിടെ കൊശുപാത്തിൽ തെറ്റുവറ്റിന്ന് വരില്ല അതുപോലത്തെ കുശുപാത്ത് മുഷാദാത്ത് വന്നു കഴിഞ്ഞാൽ അതിനോട് ബഹുമാന്നോ ഹാത്തരോ ഒന്നും അടുക്കുന്നതല്ല അവിടെ തനിച്ച് ചെട്ടി നിന്ന് മഹണത്തിൽ അതാണ് മജുദൂപ്പ് പറഞ്ഞത് എന്റെ കൽവിന്റെ മേരിൽ പ്രകാശിച്ചിരിക്കുന്നു പണ്ട് നഹാൾ നിപാളത്തിട്ട് എന്താന്ന് വണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് മുജാഹദാത്തിന്റെ അൻവാടുകൾ പറ്റ പ്രകാശിച്ചിട്ട് എന്താക്കി ഭൂമി ലോകം മുഴുവൻ പ്രകാശിച്ച സൂരൻ ഉടിച്ചു കഴിഞ്ഞാൽ ആ ഭൂമി കമ്പ്ലിറ്റ് പ്രകാശിച്ചാൽ ഉണ്ടാകുന്നത് പോലെ അഭിമാകളോ സവാത്തുകളോ എന്റെ ഇരുട്ടുകളൊന്നും ബാക്കിയില്ലാത്ത രീതിയില ഈ സമയത്താണ് തരാൻ ആകുന്നത് ഇങ്ങനെന്തില്ല കഴിഞ്ഞ പോലെ രാത്രിയുടെ ഇരുട്ടുകളോ മൊട്ട കൊണ്ടുപോയി എന്ന് കാണാത്തൊന്നും ബാക്കിയില്ല ലഹാർ നിബാധത്തിട്ട് അങ്ങനെയാണെന്ന് കൊണ്ടുപോയി ലൈന കൽബണ ലിങ്ക് ബാധനത്തൊട്ട ലൈല് നീബാറുട്ടില്ലെന്ന് പറഞ്ഞു മഹത്താ നല്ല റത്തുകയായി നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ടോർച്ചോ ചൂട്ടൊന്നും ആവശ്യമില്ല എന്റെ കണ്ണോണ്ട് തന്നെ വാങ്ങിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവരിച്ചാൽ പിന്നെ തോർച്ചുകൊടുക്കുക ഞാൻ കരുതട്ടേന്ന് കൊണ്ടല്ല ോട്ടുമ്പോൾ സാധനം അത്ര കൊടുത്ത് നിൽക്കട്ടെ നോക്കണം വേണ്ട കണ്ണോണ്ട് നോക്കിയാണ് റബ്ബി എന്റെ റബ്ബെ നീയാണ് എന്റെ ദലീൽ അപ്പൊ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ മക്കാമെത്തിക്കഴിഞ്ഞാൽ ദലീര് മതിലോരും മതിലോര് ദലീലുമായി അതുപോലെ തന്നെ റൈബ് ഷഹാദത്തും ഷഹാദത്ത് റൈബുമായി പിന്നെന്താ മാനി അവാനിയും അവാനി മാനിയുമായിട്ട് ഒട്ടഹിതായി എന്നുള്ളത് അവാനിയെല്ലാം പോയിട്ട് മാനിയായിട്ട് മാറി അപ്പൊ ഇവിടെ അന്നാറു ആ ദലീൽ നേരത്തെ അന്നാറും മതിലൂരും നലിഹിയാണ് കായികൾ എന്തായിരുന്നു ദലീലായിരുന്നു അപ്പൊ ദലീൽ നേരത്തെ മദുലൂരായ സ്ഥാനം ഇപ്പൊ ദലീലായി മാറി അപ്പൊ നേരത്തെ സ്ഥാനത്തിന്റെ സുഹൃദെങ്ങനെ തന്നെ സുഹൂദ് ബില്ലായിയാണ് ഇപ്പോ സുഹൂദും ബില്ലായി മാറിയിട്ടുണ്ട് ി മാമിന്റെ വിലയിരുത്തിയാണ് റസാലിമാമിന്റെ നേരിട്ട് ഓടിയെ ഓരോ കൂടി എയ്യനെ പിന്നെ കാണലാം ഓർ ഉണ്ടാക്കിയ കിട്ട ഇങ്ങനെയാണ് നവിപ്പം കാണുന്നത് എങ്ങനെയാ എയ്യ കിതാബിന്റെ ജോലി നോക്കിയിട്ട് ഓരോ ഗൗരവം മനസ്സിലാക്കിയാണ് നമില്ലായ്മ വിശ്വാസം അതിന്റെ വൈറ്റിനോട് ബിയാനാക്കി എന്നെ കൊണ്ട് എന്നെയേക്കാൾ അവലെ ബി ആകുന്നു പറഞ്ഞു ബി ആണല്ലോ വാലം അന്നലോഹിറഅ അത് മുമ്പ് പറഞ്ഞ വീണ്ടും മുടക്കുന്നു ലഫ്റ്റ് അക്കലേ കൽബ് റൂഹിറേ അഞ്ച് തപ്പുറാത്ത പറഞ്ഞില്ലേ അവിടെ ലെഫ്റ്റ് അക്കലേ കൽബ് റൂസി ഈ അഞ്ചെണ്ണം അല്ലാമത്തും അശിയായിരുന്നു എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇൽമോണ്ട് ഇറക്കുന്നുണ്ട് പക്ഷെ മേഖലകളിൽ വ്യത്യാസം ഉണ്ടാവും ലഫ്സിന്റെ ഇതിലാക്കിത്തരെ അക്കൻ്റെ ഇതിറാക്കിത്തരെ കൽബിന്റെ ഇതിലാക്കിത്തറ റോഹിന്റെ എതിരാക്കിത്തര സിരിന്റെ എതിരാക്കിത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ അത് തത്തുറാത്തുല് റോഹിൻ ലത്തീഫത്തിൻ്റെ ലത്തീഫതുറാണിയായ റോഹിൻ എല്ലാം ഓരോ അവസ്ഥയുടെ മാറ്റമാണ് തത്വപുറാത്താണ് സാധനം മാറുന്നില്ല ഒരേ സാധനം ഉണ്ടാക്കുക വിവിധ ഘട്ടങ്ങളിൽ പേരും കട മാറിക്കൊണ്ടുപോക്കും ഒരാളെ തന്നെ എന്താക്കും നിസ്താദേന്ന് വിളിക്കും മറ്റത്തെ ഉപ്പാന്ന് വിളിക്കും വേറെത്തുമ്പോ എന്താക്കും അമീര എന്ന് വിളിക്കും വേറെ എത്തുമ്പോ ഹതീബേ എന്ന് വിളിക്കും അല്ലാന്ന് അവസ്ഥ ഇങ്ങനെ മാറുന്നു പേരിങ്ങനെ ആളെന്നു തന്നെയാണല്ലോ കമാമ്മ ഒന്ന് അയിമ്പത്തി ഏഴാ പറഞ്ഞിരിക്കുന്നത് ആ പേര് നമ്പർ ഉറക്കി നോക്കണം ഒന്നാം ചെയ്ത് അയിമ്പത്തേഴാമത്തെ പേജിൽ وكل واحد منها هي تطوراتي هي تطورات البطن النفسي يقلب الروح يصير نوره تطورات له حد من العلم والادراك علم ادراكին حدுண்டு അല്ലേ വലം തൽ കുല്ലു നഫൂസിൽ അഹിയ അലാമത ദറാകത ലിൽ അശയാൻ അൽമി ഇദ്രാകന്ദാണ് അർനെ പക്ഷെ ഇൽമു ഇദ്രാക്കി നെത്തിന്റെ മകാമിലുള്ള ഇൽമു ഇദ്രാക്കും അല് അപ്പണ്ടാന അക്കനെ മകമലിക്കുമോ അക്കല്ല ഇൽമു ഇദ്രാക്കും ലൽ ഖൽബ് ഇണ്ടാവേ ു ലാതജു അതെ പെരുക്ക് വിട്ടിടത്താൻ കഴിയൂല അമ്മൻ നഫ്സു അത് പണ്ട് പറഞ്ഞ ഊറമടക്കന്നു ഇതറാഖിറാക്കിന്റെ അത്തര റത്തിൽ കൗനാകുന്ന ഈ നാഹിറത്തുണ്ടല്ലോ അതിന്റെ ആ ഭംഗി കൊണ്ട് ഇതറാക്കി ചെയ്യാൻ ഇതുഞ്ഞാവ് മാത്രം അതിന്റെ വർണ്ണപ്പോ അതിന്റെ പുരിമ അതിന്റെ ഫോർമാലിറ്റിന് വേണ്ടതാ ഫോട്ടോ എടുക്കലേ പിന്നോട് വരുത്തു കണർടലീ പന്നല് കെട്ടലി അങ്ങനെന്താ പുറമെന്തായി അതുകൊണ്ട് ഇതെന്ത് നേട്ടം ഉണ്ടായി ഒന്നും പറയാൻ കഴിയില്ല ഫോമാറ്റിക് സമയം മുഴുവനും കളിയില്ല കളീഫ് പ്രവർത്തകത്തിന്റെ കിലോ അരി തുറമോ ഒരു സാധു തന്നെ ഒരു കിറ്റ് കിലോ ഒരു കിലോ അരിക്ക് എത്തെയ്യൂ റുപ്പ ഓടിക്കോ ആ അതിനെ ഒരു പരിപാടി സ്റ്റേജ് കെട്ടാൻ അതിന് മാല കെട്ടാന് അതിന് മന്ത്രം ക്ഷണിക്കാന് തങ്ങളപ്പനം കൊണ്ടുവരാന് എല്ലാം കൂടെ ഏഴ് റുപ്യ ഒരാഴത്തഞ്ഞൂറ് ശ്രീല് ആ ഓയെന്നോ കാർ ഓടിക്കാൻ വേണ്ടിട്ട് മൂലർക്കാരെ കൊണ്ടുവരാൻ വേണ്ടി കാർ ഓടിക്കാൻ വേണ്ടി അഞ്ഞൂറ് മുരാൾക്കാരുടെ കവറിംഗ് പോക്കറ്റ് മണി അഞ്ഞൂറ് എല്ലാം കൂടെ രണ്ടായിരം റുപ്യ എക്സ്ട്രാ ചെലവ് ഈ പാഞ്ച് റുപ്യന്റെ ഒരു കിലോ അടി ഒരു സാധു കൈമിൽ ഇങ്ങനെത്തിക്കാൻ വേണ്ടി ചെലവെത്ര ആയിരത്തഞ്ഞൂറ് റുപ്യ ഫോർ ഫോർമാലിറ്റിക്ക് വേണ്ടി ചിലവാക്കി പച്ച ഫോട്ടോഗ്രാഫിനെ ഉറപ്പിച്ച പത്രക്കാരനെ വേറപ്പിച്ച പദ്ധതി പരസ്യം കൊടുക്കാൻ വേണ്ടി പൈസ അതിന്റെ ലാഹിറിന്റെ മുത്താറ്റത അതിന്റെ കൊസി ആ കൊച്ചി ഒന്ന് ചതിയിൽപ്പെട്ടിട്ട് വളപ്പല തന്നെ നിബറത്തി ബാത്തിന് ആ ബാത്തിന്റെ വിവറത്ത് കൊണ്ട് ഈ ചെലവാക്കിയ പൈസക്ക് മുഴുവൻ നിങ്ങൾക്കും ആയിരത്തഞ്ഞൂറ് റുപ്പ്യക്ക് ഒരു കിഞ്ചിനരി കിട്ടും ഒരു കിഞ്ഞിലരികി കിട്ടിയ അത്ര പാവങ്ങളെ വയനാർത്ഥം കഴിയുമായിരുന്നു അതിന്റെ ബാത്തിന് നോക്കിയെ ാണ് എൽ പറഞ്ഞത് ദുഞ്ഞാബിലെ നാഹന എന്താണ് ഹിബ്രത്താണ് ബാത്തിന് ഇബറത്തുമാണ് അത് അലിസ്ഹ അത് വേണ്ടി വി ഹോനിഹ ആ നഫ്സിന്റെ ഹുകളെ കൊണ്ടും മഹാബ കൊണ്ടും ആദ്യ കൊണ്ട് ഫയലാ തൽത്തീരാമെടുക്കുന്നു തിരിഞ്ഞുവെക്കാൻ പറ്റുന്ന സമയമില്ല അതിന്റെ ആ പരിധി എടുത്തു ിഹത്ത് ഞാരെങ്കിലും ആ അവസരത്തിലുള്ള ഒരു ഇക്കറാക്കനെ അങ്ങനെ പോകണോ പറഞ്ഞ ശരി വേണം പറഞ്ഞു തീരനോടുകൂടി പോയിട്ട് ഒരു അച്ച ഉറപ്പൊടുത്ത് വിളിക്കാത്തിന്റെ പോലീസ് ശരിക്കും അതിനു ശേഷം ബാലിന്റെ മാറ്റർ ബാലന്റെ കണ്ടിട്ട് പോയിട്ട് ഒരച്ച ഉറക്ക പറഞ്ഞാലും പോയി ായിമ്മൻ ഉറങ്ങുന്ന ഒരാളുണ്ടാക്കി വിളിച്ചു ഫാ അപ്പം ഞെട്ടി കൊണ്ടിരുന്ന് ഓരോക്കി വന്ന മൂട്ട ഉറക്കത്തിൽ തന്നെ മറ്റോ ബോമക്കുണ്ടാവും മറ്റോ ഉറക്കത്തിൽ തന്നെ അപ്പൊ ഉറങ്ങാൻ ഉണ്ടാക്കണം എണീച്ച് പിടിച്ച് കൈ പിടിച്ചു കൊണ്ട പോകണം ബാ എണി ബാ ഒന്നും ഉണ്ടാക്കി എണീച്ച് കൊണ്ടപ്പോണം കൂട്ടി കൊണ്ടപ്പോയിട്ട് ഒന്നിച്ച് മനസ്സിലാക്കാത്ത കാലത്തോളം തമ്പി ഉണ്ടാവില്ല അപ്പൊ ഒരു വരുന്ന പറഞ്ഞ് ഇളക്കി ബാക്കി എനിക്ക് ചെയ്തോന്ന് പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ടാണ് സുഹത്വം ഓണമെന്ന് പറഞ്ഞത് മഹർബത്വ സ്വഹത്ത് സിരുമത്തൊന്നുമല്ല പറഞ്ഞു മൂന്നെണ്ണം കൊണ്ടല്ല ആരുണ്ടത് വാം അല്ലോ നമുക്കല്ലോ സാനിന്റെ ഒരു സാനിയെ ആവശ്യപ്പെടുന്നു ഇതാ ഇപ്രകാരം ഉണ്ടാക്കിയൊരുത്തം പോണം എന്നുള്ള അതിൽ കവിഞ്ഞ് പോകുന്നുണ്ടാക്കൂല അക്കൽ ആവശ്യപ്പെടുന്നില്ല അത് തന്നെ ഇങ്ങനെ മാക്കൂലൻ അൻഡ് റൈതുകാലിക് പണ്ടുമണ്ടല്ലോ എന്നുവെച്ചാൽ ഒരു ഈ അറിയപ്പെടുന്ന താനിണ്ടല്ലോ ഈ താനിയല്ലാത്ത മറ്റൊന്നിൽ നിന്ന് മാക്കൂലായിട്ട് ഉണ്ടാക്കും ഇതിൽ നിന്ന് ഇത് വിളിച്ചെടുത്തു അത് തന്നെ ഒഴിഞ്ഞല്ലോ ഇതിൽ നിന്ന് ഇത് വിളിച്ചെടുത്തു അപ്പം ഇത് മാക്കൂലാണ് വൈദുകാലിക്കയിൽ നിന്നും മറ്റേതിൽ നിന്നും അപ്പം അതിലൂടെ ദരിൽ നിന്ന് വിളിച്ചെടുത്തു ും അതിനെ തവജ് മാകുന്നു അതങ്ങനെ തറക്കില്ല അപ്പൊ നമുക്ക് മഹബോബിനെ കിട്ടണമെങ്കിൽ തോന്നണം ഹൈരൻ യാതാണോന്നല്ലേ അപ്പൊ അഹ്യാർ വഹിക്കണം അൻവർന്ന് തേടിക്കൊണ്ടും ഇന്തലക്ക നിനൽക്കാൻ അത് കെട്ടുകയറിൽ നിന്നത് ഊരിയിട്ടുപോട്ടു അതുകൊണ്ടാണ് അക്കലേന്ന് പേര് വരാൻ പോകുന്നത് കൽപം താക്കി അങ്ങോട്ടും മറിഞ്ഞിങ്ങോട്ടും മറിഞ്ഞിങ്ങോട്ടും മറന്നിട്ടെല്ലാം കൂടെ അങ്ങോട്ട് പോകണം തീരുമാനിച്ചു അപ്പൊ ഇതിന്റെ കൊടുക്കലി തലാമത്തായപ്പോൾ അടുത്ത പടിയാക്കി അക്കൽ നി കിട്ടി അച്ഛൻ എന്നല്ല അതും പറഞ്ഞത് ശ്രീ തലമുക്കമാൽ കമാൽ നേരെ വിഷയത്തിൽ അതിന്റെ കെട്ടിൽ നിന്ന് മോചിതനായിരിക്കുന്നു വനാക്കിന്ന ഹോ എങ്കിലും അത് മറക്കി പിന്നാലെയാണ് ബാബു തുറക്കപ്പെട്ടിട്ടുമില്ല ഇത് ഊഹി മലക്കൂത്തിന്റെ മുവാജഹത്താകുന്നു അതെങ്ങനെ താലിബൻ അസുരാ ജബറോത്തിന്റെ അസുരാറുകളെ തേടിക്കൊണ്ട് ഇത് മലക്കൂത്തിന്റെ അപ്പുറമല്ല ജബറൂത്ത് കൊണ്ടല്ലോയിൻ താബിത്ത ക്ഷീണത്തിൽ നിന്നത് റാഹത്തായിട്ടുണ്ട് പച്ചയിലാക്കി جنجرم أدئ لم تتمكن من السفر لأن الله بدأت إليك بعلون إيجلا هذا هو مستشرفين دي حالي آيسور لكم مستشرفين متمكنون لنا تمكن أي إيجلا مُعَمَّا سِرْنَوَنَا فَمُنْتَهَا إِدْرَاكِهِ أَطْرَارُ الْزِبْرُوتَ قَدْ نَفَلَتْ الْبَصِيرَةُ مِنَ الْوكُوبِ مَعَنْوَارِ الْمَلَكُوتِ مَلَكُوتِ ان مَلَكُوتِ الْمَلَكُوتِ നേരത്തെ കായികത്തിനൊപ്പം നിന്ന് അവിടെ അങ്ങോട്ട് പോയി പോയി പോയി അൻവാറൽ മലക്കൂത്ത് എത്തിയിട്ടുണ്ട് അൻവാറൻ മലക്കൂത്ത് അൻവാറും സിഫാതാണല്ലുണ്ടായി സിഫാത്തിന്റെ അൻവാറുണ്ടായാലും പോരാ അവിടെ എത്താൻ പറ്റൂല അത് തോളച്ച കണ്ട ബസ്സിലെത്തു കയറണം കേറിയിട്ട് അസാ റൂപാത്തിലേക്ക് എത്തി വഹിയ വഹാദാ മുൻതഹ സാധന്നോ അറബിക്കൽ മുൻതഹ എന്ന് പറഞ്ഞത് ഇനി അവിടെ നിന്നെങ്ങോട്ടോ അവിടെ നിന്നെങ്ങോട്ട് ഇനി അറ്റമില്ലാത്ത തറക്കുകൾ വേണം ഇപ്പൊ എത്രണ്ടെങ്കിലും എത്തിച്ചേള്ളൂ ബാക്കി പണിവാക്കിണ്ട് അത്രയും കാലത്ത് പഴത്തി എത്രണ്ടെങ്കിലും എത്തിയിട്ടേ ഉള്ളൂ പാസ്പോർട്ടെടുത്ത് വിട്ടടിക്കാൻ കൊടുത്ത് മെഡിക്കലിലും പോയി ബസ്സിലും വണ്ടിയിലും കേറി തീവണ്ടിയിലും കേറി എല്ലാം കൂടാക്കി വിമാനത്തിലും കയറി ജിദ്ദയിലും കയറി എയർപോർട്ടെത്തി മക്കത്തെത്തിയിട്ടേ ഇപ്പോ ഇനി എന്ത്ണ്ട് അടിന്റെ പണി ബാക്കിയുണ്ട് പിന്നെ റെസിനുക്കൽ വേറുണ്ട് ഉമ്മളത്തിൽ വേറൊണ്ട് ഏതാകത്തിൽ വേറുണ്ട് മുത്തലാത്തു സൂക്ഷിക്കുന്ന വേറൊണ്ട് മുടി നീക്കുന്ന വേറുണ്ട് പണിയായ വഴിയത്തിൽ ബാക്കി നിൽക്കുന്നതിലൂടെ ഒരാഴ്ച അതുകൊണ്ടാണ് ഇതെല്ലാ അനുഹായത്തിൽ അറ്റം ഇല്ലാന്ന് പറഞ്ഞത് അടുത്ത് കരുതുന്നുണ്ടല്ല വലിയ ആയതത്തില് നബിയുടെ അനുപ്പും വൈലേക്ക് അടുത്ത വരും ഒരു വലിയ കേറി കയറി കയറി കയറി പോയ ലാച്ചത്തിലിറങ്ങാൻ നബിയുടെ അനുപ്പും വായിലേക്ക് വന്ന് ആ നദി എന്തായി അങ്ങനെ അവിടെ കയറി കയറി പോയാല് റസൂലിന്റെ അടിപ്പും വയലേക്ക് എത്തി റസൂലിന്റെ അടിപ്പും ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാക്കി അങ്ങ് പൂ അല്ല തീർന്നു കഴിഞ്ഞാൽ റസൂർ ഭാഗത്തുണ്ടല്ലോ അടിവത്തല്ല മല അഴിപ്പും ഭാഗത്താത്ത തങ്ങളുടെ മുമ്പില് ചെല്ലിയ പിഞ്ചാമന അതല്ലേ എല്ലാ വലികളും മലയാള കുത്തുപാടും എന്തുകൂടെ വീട്ടില് പുള്ളറോന്നോർന്നു തന്നു എല്ലാ വലിയ കുത്തുമല്ല വന്ന എന്റെ പോലത്തെ പുള്ളൻ പാടാണെന്നുള്ള ഞാൻ വലിയ ഇപ്പോഴത്തെ വന്ന എന്റെ വലിയ ആളാന്ന് ഓരോ ചെറിയ ചെറിയ കുഞ്ഞി പുള്ളറന്നാണ് اور رسول اللہ صلی اللہ علیہ وسلم کے چرتا دی انار کو نہیں پلو رہا ہے۔ رمزی نہیں ہے لا کا ذات الوم من عالم الغیب بفمن علی آدم الناس ماون۔ حق۔ چلو میں اند لے سبحان اللہ الحمدللہ۔ یا ربتے کپتے میرے لاپتہ۔ اد لا نهايه تلھا وكاش برات مساح ذات لو مواصلارകളുടെ याद अच्छाम इल्ला वकुल रब्बी बिनी इल्मार अल्लाह तआला नबी सल्लल्लाहु अलैहि वसल्लम का र फिल अवारिद इमाम सुहरा मर्दी रजी अल्लाह उन बरन वलम अन अलति साल वल मुवासलात इंगले चले प्रयोगन लुंड अशारा इलैहि सुय्य शेखम मारा देके इशारा पाकी ननद वकुल मुम बसरा ला तफ बिल यकीन यकीन तनीच यकीन यादर ചെക്കോ ചുബാത്തോ കഥാർത്ഥന ഒന്നുമില്ലാതെ തനിച്ച മഹലം ജക്കീകളുണ്ടല്ലോ കടഞ്ഞെടുത്ത യക്കിയൻ ആ യക്കിയൊക്കെ ആ ചേർന്നു എങ്ങനെ ചേർന്നു ഈ തരിചത്തിൽ വെൽ വിചിതാൻ ആസ്വദിച്ചുകൊണ്ട് തന്നെ പഞ്ചാരം അതിലുണ്ട് ശരിക്കും ആസ്വദിച്ച് ഊന്നിട്ടറിഞ്ഞാതെ ആൾക്കാരെ പഞ്ചത്താരെ സംബന്ധിച്ചിടത്തോളം അതാണല്ലിപ്പോ ലാസ്റ്റ് പറയാനുണ്ടേ അത് നോക്കി ഋത്തുപൊട്ടി മിനൽ ബുസുവോൽ അത് ബുസുവോലിന്റെ ഋതുബൈഡ് അതുകൊണ്ട് വെല്ലം പരമാവധി ആയി നോക്കാനില്ല അവിടുന്ന് അങ്ങോട്ട് വ്യത്യാസം വരുന്നതാണ് തരീക്കിൽ കൂടി എന്താക്കും അള്ളാഹുട്ടു അപ്പൊ സ്വന്തം പേരും കാണൂല പേരും കാണാണ്ട് യുക്കോഫിയും ഫീലില്ല അള്ളഹുലോടൊപ്പം നിന്നിട്ട് അത് അള്ളാഹുണ്ടാക്കി അള്ളാഹുണ്ടാക്കി ഈ ഫീല് അപ്പൊ പണ്ടാല് ആ ചോറുണ്ടാക്കി അള്ള ചോറ് മുന്നേ അവർക്ക് പറയാൻ കഴിയുന്നു ഈ ഹാലത്തിൽ അവൻ പുറത്തായിരിക്കും പിന്നെ എസ്റ്റി ആറിനത്തോട്ട് പുറത്താണ് അല്ല എന്താ വിചാരിച്ചതുപോലെ അക്കട്ടിന് തദ്വീർ ഉണ്ടാവും എസ്റ്റി ആർ ഉണ്ടാവില്ല അപ്പൊ ഒള്ളാവസ്ഥാന മുത്തവല്ലായി അന്നേരം ഏറ്റെടുക്കുകയും ചെയ്യും എസ്റ്റാറിനത്തൊട്ട് ഒഴിഞ്ഞു വരുമ്പോ ഒന്നാമത്തെ മുത്തവല്ലിയ ആരുണ്ടല്ലോ അല്ല നമ്മൾ ചാടിയിട്ട് ഇറക്കിയിട്ടുണ്ട് എന്ന് നമ്മളെ അവസ്ഥ ഒന്നാമത് കാണുമ്പോൾ അന്നാമത് തതാർക്കുണ്ട് ഏണം പറയാ നമ്മളെ കുഞ്ഞ് നമ്മള് കാത്തിട്ടാ നിൽക്കുന്നു ഞമ്മളില്ലെങ്കിൽ ഓണിക്ക് വേണി പോവായില്ല എന്ന് ഓ കണക്കാക്കിയിട്ടുണ്ട് ഞമ്മൾ മനസ്സിലാക്കിയാ ഞമ്മച്ചാടോ ഞാൻ ഛമാസനെയും കൂട്ടിച്ച് പോയി എന്റെ അയ്യാരയും കൂട്ടിച്ച് പോയി നോക്കാം കൽപ്പം പോയി എത്തിയാൽ ഛമ്മാസിന്റെ കാലത്തിന് കോണിക്ക് ഒറ്റക്ക് വരാൻ കഴിയില്ല നാട് തിരിയില്ല ഞാൻ അറിഞ്ഞതുകൊണ്ട് ഓണിനെ പ്രിയോഗിക്കില്ല അതെ ജഹി ഞാനില്ലെങ്കിലും ഓൻ ബസ് വെച്ചിട്ട് ഒന്നൂന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഓൻ അളക്കാം ഇവിടെ ഞാൻ ആരാണ് മുത്തവല്ലിയാകുന്നത് ഷമാസിന്റെ എന്തുകൊണ്ട് ഓനിക്കവിടെ എഫ് ടി ആർ തെറ്റിരില്ല എന്ന് പറഞ്ഞ പോലെ ഈ അവസ്ഥയിൽ രണ്ടാമത്തെ വാഹനത്തിൽ അവനെ മുത്തവല്ലായി മാറിയു ഓനെ കൈയോദിക്കുന്നില്ല അംബുസിനൊഹത്തായി പറഞ്ഞാൽ മതിയായിരുന്നു മറ്റേക്ക് ജഹി ആക്കുന്നുണ്ട് കുറച്ച് തദവീത എഫ് ആ ഇവൻ മറ്റേ വർഷം അടുത്ത വർഷം നമുക്ക് പിടിക്കാൻ വില്ല വഹാദ്ബത്തുണ്ടായി പനായിൽ കൂടി കയറി വസൂലിന്റെ ഒത്തുമയാണ് അതുകൊണ്ട് പൂർത്തിയായിട്ടില്ല ചാദ വമ്മിന്നമായ തിറക്കായില മക്കാമിൽ ചിലപ്പോ പനായിന്റെ മക്കാമിലേക്ക് കയറുന്നുണ്ട് മുസ്തമിലല്ലെ അൻവാറു ജീൻ യഫീലിന്റെ അൻവാറ് അവന്റെ ബാത്തിൽ തെങ്ങി നിറഞ്ഞിട്ടുണ്ടായത് മുഷാദത്തിൽ മുഷാദത്തിന്റെ അൻവാറു ിഹി ആദ്യൂദൽ ആയിക്കൊണ്ട് അവന്റെ സ്വന്തം പോലും അറിയാത്തൊരവസ്ഥയാണ് അപ്പൊ കംപ്ലീറ്റ് എന്താ ജമ്മുൽ ജമ്മു ഫനാൽ ഫനാൽ ദിനമാണിത് അതാരിക്കല് ഹവാസിൽ മുഖർദു മാത്രം വഹാദി ഹിറത്തുപത്തൊമ്പിൽ ഞാൻ പറഞ്ഞ പോലെ മാറ്റി ഉറപ്പാണ് ഈ കാണുന്നത് അന്ന് ഇതുകൊണ്ടായ തജലിദാത്തോട് തിരുവലനാണ് وَفَرُقَ هَدَا يَاتْ دِي مَأْبْطَرَ معنَ مَقَامُ حَكِّ الْيَكِينَ مَقَّامُ ف'لسلللل getting with Night, Uyham Al пользов αيلة, عين والديل اليد, حق الديل فإذا وجهوا التطالح في الواقع menyبتنا على قمل 가능 прилож استغلاء لأنه الم approaches źفر kaufen هيالة الشيء انا أعتقد أنه allíالige pikim عين الديل اليد حتى الحق الديل متكلمين برواس وpruch ي Patreon دقليل يعني معصرف عين الديل اليد يؤمن ില്ലേ സോറഞ്ഞ് ഈ മാമ്പിന്റെ പോലെ ഇൽമുൽ ഞക്കീൻ തുടങ്ങുന്ന തന്നെ നമ്മൾ ഇസ്തുഗാലിനെ ഒക്കെ പോകുന്നില്ല അങ്ങനെ അങ്ങോട്ടേക്കാവും തക്കതിടിക്കുന്നില്ല കൊണ്ടുപോയി ചടന്നുവരും അതിവിടെ മുണ്ട ഇന്ന് അത്ര ഇൽമുൽപ്പറങ്ങുന്ന ഇസ്തുഗാലിന് അകലേറെ മുതലാണ് അപ്പൊ ഇപ്പം നമ്മുടെ പടി മാറ്റി ഇൽമുൽ ഞക്കീന് ഇസ്തുഗാലതാ നേർക്ക് നേരെയുള്ള മുലാഖാത്ത് നിക്കാറു ആണ് ഹക്കുൽ ജീൻ അതിവിടെ കിട്ടൂല പരലോകത്ത് മൂസാ അലൈഹി ഇസ്ലാമിന് കൊടുക്കുക അതിവിടുന്നെങ്ങനെ കിട്ടുന്നോയിരുന്നു അവർ വിജയിച്ചിട്ടുണ്ട് അത് മൂസ അലൈഹി ഇസ്ലാം വെച്ചിട്ട് അല്ല കൊടുക്കൂല സൌഫത്ത് വെക്കിയത് പിന്നെ ആയിരിക്കും എങ്ങനെ നമ്മൾ ഓദ്യിയത് ആ പിന്നെ അപ്പൊ ഇസ്ലാഹത്തിന്റെ വ്യത്യാസം മനസ്സിലാക്കണം പണി വ്യത്യാസം ഇതെന്ന് അങ്ങനെ മാറ്റതെന്ന് എങ്ങനെയാണോ ഇപ്പൊ ഇതിന്റെയും അപ്പുറമാകുന്നു തീർന്നു വയക്കോനും ഈ ഹക്കുൽമക്കാമിൽ വെച്ച് ഉണ്ടാകാം ഹവാസി ഹവാസിൻ ഒരു പ്രകാശം പരത്തിന് മാത്രം ഒരു ടോർച്ചറി ൂറൽ മുസാഹദി മുസാഹദന്റെ നൂറുണ്ടാവും അറിയോ സറയാനാവലാണ് ഈ കൊല്ലിയത്തിൽ അകുതിന്റെ മുഴുവനത്തിലേക്ക് നേരത്തെ കൽവിൽ മാത്രമാണോ മാത്രമാണെങ്കിൽ ഉറങ്ങത്തിലല്ല മുഴുവനത്തിലേക്ക് കറയാനാവില്ല നേരത്തെ ഭക്ഷണം കഴിച്ചപ്പം വാറ്റിനാ വിശപ്പ് മാറിയ തൽക്കാലം പക്ഷെ ദഹിച്ചു ചേർന്നുണ്ടാക്കി ഈ ഭക്ഷണത്തിന്റെ പോഷകാംശങ്ങൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ടാക്കി കൊല്ലത്തിൽ അതിലേക്ക് വ്യാപരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആലുവ നോക്ക് ഉസാഹദ്ന്റെ അന്മാറങ്ങോട് പിടിച്ചിട്ട് ശരീരം മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ച് വഴാനാത്തിലും ചെളിമാത്തിലും കാത്തറാത്തിലും ഇസാദത്തിലും കമ്പ്ലി ലയിക്കലി ആ നൂറുഹദ കൊണ്ട് അവൻ വിജയിച്ചു പോയി ഹലുടേനെ റൂഹ ഹുൽ ഇതൊക്കെ ബാത്തിന് ആ മക്കാത്ത റോഹ് കൽബ് നെസ്തു മൂന്ന് മക്കാമേ നമുക്ക് നെക്സ്റ്റ് അൽബ് ഓറെ മൂന്നും ആ ചിത്രം വരച്ച പണ്ട് ഞാൻ ചിത്രം കണ്ടുകൊണ്ടിരിക്കുക ആ അപ്പൊ ലസ്റ്റ് ഇന്ത്യ പുറമേണ്ടാവുള്ള പിന്നെ കാലപല്ലാത്ത കാലപൂ പാർട്ടിയ ശരീരം വരെ ഉണ്ടാവുന്നു തുമ്മളീലും ജുലൂതും അധികൃത ശരീരങ്ങളില്ല അതാണല്ലോ വേർപ്പിൽ കൂടിയൂടെ അന്മാറുകൾ കിട്ടിപ്പോന്നു അതാണ് ഇറങ്ങി അന്നാറിന്റെ ശനിയെ ഇറങ്ങിയെന്നാരന്റെ മൊത്തത്തിൽ أنا أصلاح لدينا ذلك ، ويجعل ذلك ، ويجعل ذلك ، و هذا من على رطب الوصول ، إذا وصول الله على رطب ، يجعل ذلك ، إذا حق الجكين لعض السيء لنا ، شريع رسالة ، فإذا وإذا تحقق بالحقائق ، يعلم النبد من هذه النحوال الشريفة ഈ പറയപ്പെട്ട ഹക്കായിക്കെല്ലാം കെട്ടി എല്ലാ മണിക്കും മുത്തഹത്തിക്കായി പറയാ എന്നിട്ടോ അബദ്ഫായ അഹ്വാലിനെ അറിയുന്നുണ്ടെന്ന് ഞാൻ ഏടി എത്തിയിട്ടില്ല ഇതെന്താ പറിയ ഒന്നായിട്ടില്ല റാഹം അറിയില്ല എക്വായിട്ടും ഒന്നായിട്ടില്ല അപ്പം ഏടിയെത്തിയിട്ടില്ല അവിടെ സുബായക്കമാറസിനകത്ത് ഹക്കമാരി സുബായക്കമാറക്കെ ഹക്കൈബാധ എത്തിക്കാം അസുഖം ആയിട്ടുള്ളതാഗ്രാളെ ഇതായി കായ്ക്കെല്ലാം മുത്തഹിക്കായി നോക്കൂ എന്നാ തന്നെ ഈ പറയപ്പെട്ട ഷരീഫായ അഹ്മാദിൽ കൂടിയെല്ലാം അമിനെ അറിഞ്ഞാന്നറിയോ ഞാനൊന്നും ആയിട്ടില്ല അല്ല ഇവിടുന്ന് കാല് കിട്ടുമ്പോക്കാൻ തന്നെ ഞാൻ എല്ലായും തോന്നിപ്പോയാലും ഒന്നും അല്ലാതെ ഇവ വരുന്നു ഞാനമ്മൂ അന്നഹു ബു ബ ഇതുവരെയും അവരൊരു മനസ്സിലേ മനസ്സിന്റെ തുടക്കത്തിനേ ആയിട്ടുള്ളൂ حق اليكين مقامنا لمعات قرتي على ومقام رطب الوصول تينا برنب نتو انها رؤية السيطة لها فاعل الوصول يعني وصول أولا كرة سنرون هايها تمنازل الطريق الوصول وصول لمنزلت تردورة لا تنغت عبدالن آباد في عمر الآخرة الأبدي فاللغة قال لغا على ممشي شئكاً عمر الآخرة تلفل إذا منغت يأولا خالرين في يأي تنوري ിൽ കസു ഇപ്പൊ ദുഞ്ചിയായ ചെറിയൊരു ആവിഷ്കാലത്ത് നമ്മുടെ പണിയും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എന്ത് കിട്ടും പോകുന്നു കൊച്ചിണ്ടല്ല ഞാൻ ആളായി ഞാൻ വലിയ ഞാൻ ആളായില്ലാം തെരഞ്ഞു മതിക്കോവില് ഓർവർക്കവിരിയാളായി അത് മഴക്കോവ് പ്രസത്തേക്കൊക്കെ മയക്കൂരി ഒന്നുമില്ല മയക്കൂരിലേക്ക് വച്ച് മനസ്സോസി ഒന്നുമില്ലല്ല الهث والتمهيز والتخيل واللقل والذكر معا والفكر عيهات ملوار ألاكا طور أول أطوارك منذ أول مثل لدينا جاءنا جاءنا جاءنا جاءنا لدينا جاءنا جاءنا جاءنا جاءنا الهث والنهيسان കൊട്ടറിവ് മണത്തറിയോ കണ്ടറിവ് കേട്ട രുചി വെച്ച് മൃഗരായതെല്ലാം ഉണ്ടാകും ചെറിയ കുഞ്ഞു പിള്ളേർക്കും പുള്ളിയെല്ലാം വേദനിക്കുക ചെയ്യുന്നുണ്ടല്ല മധുരങ്ങളുടെ സാധനം മധുരല്ല തിളക്കുന്ന സാധനം മുളക്കം തിരി അതാണ് ഹിസ് എന്ന് പറഞ്ഞത് അവിടുന്ന് വിട്ട രണ്ടാമത്തെ പക്ക പേർ എന്താന്ന് തമ്മീതാണ് ഇത് നല്ലത് വെടക്കുന്ന മുറട്ട് തമ്മീതും പിന്നെ മൂന്നാമത്തെ കെട്ടാൻ തഹയ്യൂരുന്നാണ് സഹയെന്നു വച്ചാൽ ഈ കാണപ്പെട്ട മനസ്സിലായ ചില സാധനങ്ങളും മനസ്സിലുള്ള ചില ഊഹങ്ങളും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഇത് മനുഷ്യന് പിടിച്ചു കൊടുക്കുന്ന സാധനമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുന്ന ഇങ്ങനെ ആക്കുന്നെങ്കിൽ ഓരോ സഹാത്തുകളുണ്ടാക്കിട്ട് മനസ്സിൽ കൊലപ്പെടുത്തരുത് നാലാം ഘട്ടത്തിലാണ് അക്കല്ണ്ടാകരുത് ആ നാലാം ഘട്ടത്തിൽ അക്കള് സിക്യുറു മാം സിക്യുറോ അങ്ങനെ കൂടെ എന്നാൽ ഇവിടെ അവസാനിച്ചോ ഇല്ല ഹൈഹാത്ത അവിടുന്ന് വളരെ ദൂരത്താണ് വറാ അതാക്ക തോറും അതിന്റെ അപ്പുറം ഉണ്ട് വലിയ തോറുവാക്കിട്ട് അച്ഛൻ്റെ ഒക്കാൻ മോട്ട് പോയി അച്ഛൻ അങ്ങനെ കയറിപ്പോട്ടെ അച്ഛൻ്റെ കൊണ്ട് ധിക്കുറും ധിക്കുറങ്ങളുണ്ടാകട്ടെ എന്നാൽ അവസാനിച്ചിട്ടില്ല അതിന്റെ അപ്പുറം ഒമ്പതാമത്തെ അങ്ങനെ അവൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ സാധനം ഒക്കപ്പെടാൻ ബാക്കി പറഞ്ഞാൽ കിട്ടീരാത്ത അച്ഛങ്ങൾ വാക്കിയിരിക്കുന്നു അക്കലോടെ തുറന്നാ തോന്ന തോന്നു തോന്നുന്ന ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് എത്തിക്കഴിഞ്ഞാലും ബസ് കത്തിന്റെ അബ്ബന്റെ എത്തിയാക്കിത് ഒരു ശൈവല്ല അതിന്റെ അരിവും ഭാഗം ആവില്ല ബസ്സത്തിന്റെ തുടക്കത്തിന്റെ അരിപ്പും പാകണ്ടേ അതപ്പൊ നിങ്ങൾ എസ് എൽ സി വരെ ബുക്കിന്റെ ശാസ്ത്രേശി പഠിച്ചു കഴിഞ്ഞാലും പ്ലസിന്റബ്ബന്റെ കെത്തിയാൽ ഗവൺമെന്റ് പ്രവർത്തന മനുഷ്യനിടെ ഘട്ടം ഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഓരോ സ്റ്റേജുകൾക്ക് എന്ത് പറയും അപ്പുവാർ എന്ന് പറയും പടക്കപ്പെട്ട തുടക്കം മുതല് പിടിക്കാം അതെ കത്തൗര് ഇജിത്തിനാലും ഈ മൂപ്പറം താക്കും കുറച്ച് മുമ്പ് തന്നെ കത്തിപ്പിടിക്കും ഇജിത്തിനാല് എന്ന് പറഞ്ഞ മാതാവിന്റെ ഗർഭാശയത്തിനെയും ഭ്രൂണമായിട്ട് കടന്ന സമയത്തുണ്ടല്ലോ അതാ ഒന്ന് മൊത്തം ഒരു സുഹോരിയത്തിഹി പിന്നെ ചെറിയ കുത്തിയായിട്ട് ജീവിച്ചൊരു കാലം ചുമ്മാ സ്വകൂപത്തിഹി പിന്നെ ബാല്യക്കാരനാകുന്നുണ്ട് ഷാബ് സുമ്മ കുഹൂരത്തിഹി പിന്നെന്താകുന്നുണ്ട് ഒരു